ശിവസമാരംഭാ ശരീര അസ്മദാചാര്യ വരുന്ന ശ്രീസ്മൃഗ്രഹ ഭഗവത് ശരം സങ്ക ഭാഷ വേണ്ടി യുപരി ശൃ്യോഭിനം ആനീയ തം തസൃജയ സഥ ക്ഷോസൃഷ്ടഗണനം പ്രമുച്ചൂേ ദിശം ഗന്ധര ്രജേതി സാമാൃൻ പണ്ഡിതോ മേധാവീ ഗന്ധാരപേതമേവാര്ഷോ വേദവ ചിരം യാവെന്ന വിമോക്ഷേ ോകേ സോമ്യപരുഷംിഗാന്ധാരേഭ്യോ ജനപദേക്ഷം ബദ്ധചക്ഷുഷം ആനീയ ദ്രവ്യഹർ തസ്കര നക്ഷമേവസ്ത ഒരാളിനെ കള്ളന്മാർ പിടിച്ചുകെട്ടി അഭിനദ് കണ്ണ് കാണാത്ത രീതിയിൽ കെട്ടിമറച്ച് ബദ്ധരക്ഷനീയ്യ ്രവ്യഹർത്താന്ധാര ദേശത്ത് വെച്ച് കള്ളന്മാരുള്ള ഒരാളെ പിടികൂടി പിടികൂടി അയാളുടെ കയ്യിലുള്ള സ്വത്തെല്ലാം അപഹരിച്ചു എന്നിട്ട് അയാൾ അവിടെ ഉപേക്ഷിച്ചില്ല കാരണം അയാളെവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അയാള് ഉടൻ രാജാവിനെ വിവരം അറിയിക്കും രാജാവ് അന്വേഷിക്കും കള്ളന്മാരെ പിടികൂടും ുദ്ധിമാന്മാരായ കള്ളന്മാരെന്ത് ചെയ്തു ഇയാൾ അവിടെ നിന്ന് കണ്ണുകെട്ടിളക്കൊന്നില്ല വളരെ ദൂരെയുള്ള ഒരു കാട്ടിന്റെ അകത്ത് കൊണ്ടിരുന്നു തള്ളി അയാൾ തിരിച്ച് ആ ദേശത്തേക്ക് പോകരുത് പോയി ആരെയും മോഷണ വാർത്ത അറിയരുത് അതുകൊണ്ടാണ് ധ്രുവീഹർത്ത തസ്കരഹ തം അഭിനന്ദാക്ഷമേവ കണ്ണുകെട്ടി തന്നെ അയാൾ ഏതു വഴിയാണോ പോയത് ആ വഴി തിരിച്ചറിയുന്നു ആ വഴിയെ തിരിച്ചു വരും തിരിച്ചു വന്ന എളുപ്പം നാട്ടിലെത്തും നാട്ടിലെത്തി കഴിഞ്ഞാൽ അയാൾ മോഷണ വിവരം പരസ്യമാക്കും ഉടനെ രാജാക്കന് രാജാവ് കള്ളന്മാരെ പിടിക്കും അതുകൊണ്ട് അവരെന്ത് ചെയ്തു അഭിനന്ദമേവ ബദ്ധഹസ്ഥം കണ്ണ് മൂടിക്കെട്ടി കൈരണ്ടും കൂട്ടിക്കെട്ടി അരണ്യ തഥോപ്യതിജന അധികജനേ ആ ദേശത്തു നിന്നും വളരെ വിജനമായ മനുഷ്യരൊന്നുമില്ലാത്ത ഒരു ഉൾക്കാട്ടൽ അത്യന്ത വികതജനെ ദേശീയ വിസർജേ അങ്ങനെ ഒരു കാട്ടിൽ ഉപേക്ഷിച്ചു സ തത്ര ദിഗ്ഭ്രമൊക്കെ ചെയ്തു അയാളുടെ കൈ കെട്ടിയിരിക്കാണ് കണ്ണും മൂടിക്കെട്ടിരിക്കയാണ് അവിടെ നിന്ന് അയാള് രക്ഷപ്പെടുന്നു ദിഗ്ഭ്രമുണ്ടായി വടക്കേത് കിഴക്കേത് തെക്കേത് പടിഞ്ഞാറേത് ഒന്നും അറിയത്തില്ല പ്രാങ് വ പ്രാങ് അഞ്ചന പ്രാങ് ചിലപ്പോ കിഴക്കോട്ടോടും യഥാകുതം ചിലപ്പോ ഉത്തരദേശത്തിലേക്ക് പോവും ദക്ഷിണ അധുരാ ദക്ഷിണദേശത്തിലേക്ക് പോവും പ്രത്യേക ചിലപ്പോൾ പടിഞ്ഞാറോക്ക് പോവും നിലവിളിക്കും നാല് ദിക്കിലേക്ക് ഓടിയയാൾ നിലവിളിക്കും നിശബ്ദം കുരിയ വിക്രോസെ വളരെ ഉച്ചത്തിൽ ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വേണ്ടി അലറി നിലവിളിക്കും എങ്ങനെ അഭിനദ്ാക്ഷോഹം എന്റെ കണ്ണു രണ്ടും കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് എന്റെ കൈ രണ്ടും ബന്ധിച്ചിരിക്കുകയാണ് ഞാൻ ഗാന്ധാര ദേശവാസിയാണ് അവിടെ തന്നെ കള്ളന്മാരിവിടെ വിജനമായ കാട്ടിൽ കൊണ്ട് തള്ളിയതാണ് എന്നെ മോചിപ്പിക്കണം എന്നിങ്ങനെ നിലവിളിക്കും കേട്ട് ഒരു മനുഷ്യൻ ബന്ധനത്തിൽ ോന്നിയ ഒരാള് യഥാബന്ധനം പ്രമിച്ച് അയാളുടെ ആ ബന്ധനത്തെ കെട്ടലാഴിച്ച് കാരണിക ഇവിടെ നിന്ന് ഉത്തരദിക്കിലേക്ക് പോകണം വടക്കേ ദിക്കിലേക്ക് പോകുന്ന പോയാൽ മതി അതാണ് ഗാന്ധാര ദേശം ഏതാം ദിശം നീ ഇതുക്കു നോക്കി നടക്കുക അങ്ങനെ ആ ഭാഗത്ത് നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് അറിവും ദയമുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് രണ്ടും വേണം ഇയാൾ ഇങ്ങനെ വേണമെന്ന് കഷ്ടപ്പെട്ട് മരിക്കട്ടെ എന്ന് ചിന്തിച്ചില്ല ഇയാളെ രക്ഷിക്കണം എന്നാഗ്രഹം വന്നു മാത്രമല്ല അയാൾക്ക് അറിവുമുണ്ട് ഇവിടെയാണ് ഗാന്ധാര ദേശം ഇയാൾ ഗാന്ധാര ദേശവാസിയാണെന്ന് പറഞ്ഞല്ലോ അതിന് ഉത്തരദിക്കിലേക്ക് നടക്കുക ഗൃഹസൈവം കാരണീ അനുബന്ധനാ മോക്ഷിത ഗ്രാമാന്തരം പൃച്ഛൻ അയാൾ എന്ത് ചെയ്തു അയാളുടെ കണ്ണിലൊക്കെ ഇട്ടഴിച്ചു കയ്യിലൊക്കെ അട്ടഴിച്ചു വഴി പറഞ്ഞുകൊടുത്തു ബന്ധനാദ് മോക്ഷിക ആ ബന്ധനത്തിൽ നിന്ന് മുക്തനായി കാരണം അയാൾക്ക് മനസ്സിലായി ഗ്രാമാന്തരം പ്രോ ഗ്രാമത്തിൽ നിന്നും കാരണം ഗാന്ധാര ദൂരെയാണ് അവിടെ പുറത്തിറങ്ങി അടുത്ത് ആൾക്കാരോട് ചോദിച്ചു ഇവിടെയാണ് ഗാന്ധാര ി അടുത്ത ഗ്രാമത്തിലേക്ക് പറഞ്ഞു അവിടെ ചെന്ന് ചോദിക്കുക അവിടെ പറയും ഗ്രാമാന്തരം പ്രശ്നം അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് വഴി മനസ്സിലാക്കി അടുത്ത ഗ്രാമത്തിൽ ചെന്നു അവിടെ നിന്ന് വഴി മനസ്സിലാക്കി അടുത്തേക്ക് പോയി അങ്ങനെ വഴി മനസ്സിലാക്കി പണ്ഡിത ഉപദേശവാൻ പണ്ഡിതനായവൻ ആ കാര്ണികനായ മനുഷ്യനിൽ നിന്നും ഉപദേശം അവിടെ നിന്ന് ഇത്രയാലും അയാൾക്ക് മനസ്സിലാക്കുക എന്താണോ ഉത്തരദേശത്തിനാണോ വടക്കോട്ട് പോകുന്നതാണ് ഗന്ധാരം പക്ഷെ അത്രയും അയാൾക്കവിടെ എത്താൻ പറ്റത്തില്ല കാരണം വടക്കോട്ട് പല സ്ഥലങ്ങളും കടന്ന് വേണം ഗാന്ധാരത്തിലെത്താൻ ആ വഴികളെല്ലാം മനസ്സിലാക്കിയിരിക്കും അതുകൊണ്ട് ഇയാൾ ബുദ്ധിയുള്ളവനായിരുന്നു പണ്ഡിതനായിരുന്നു അറിവുള്ളവനായിരുന്നു എങ്ങനെയാ അയാൾക്കുണ്ടായി ഉപദേശമാണ് ഉപദേശം കൊണ്ട് ആദ്യം ഇന്നലെ പറഞ്ഞല്ലോ ഉത്തരദിക്കിലേക്കാണ് പോകേണ്ടത് മേധാവി മാത്രമല്ല അയാൾ ബുദ്ധിമാനുമായിരുന്നു ഇങ്ങനെ പല ഉപദിഷ്ട ഗ്രാമപ്രവേശമാർഗ അവധാരണ സമൃദ്ധ മറ്റുള്ളവർ ഉപദേശിച്ചു കൊടുത്ത ആ ഗ്രാമപ്രവേശമാർഗം ഗാന്ധാരത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയെ അവധാരണ സമർത്ഥ അതിനെ മനസ്സിലാക്കാൻ ശേഷിയുള്ളൂ സ്വയം ഊഹാപോഹത്തിലൂടെ അതിന് നിശ്ചയിക്കാൻ ഇത് തന്നെയാണ് അല്ലെങ്കിൽ വീണ്ടും എഴുതിട്ട് വീണ്ടും മറ്റൊരു കാട്ടിലേക്ക് പോകും പക്ഷേ സമർത്ഥനാണ് സാന്ധാരാലയൂപസമ്പദ് ഗാന്ധാരത്തെ തന്നെ പ്രാപിക്കുന്നു ഇവിടെ ഇതിനെ ആത്മവിദ്യയുമായി അവിടുത്തെ ിക്കുന്നു ഇവിടെ ഉപദേശിക്കുന്ന കാർണികനായ അറിവുള്ള ആളാണ് ഗുരുവിന്റെ സ്ഥാനത്ത് ഈ ബന്ധനത്തിൽ മനത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ജീവന്റെ സ്ഥാനത്ത് ആ ജീവനിൽ തന്നെ അങ്ങനെ കാർണികനായ അറിവുള്ള ഒരാളിൽ നിന്നും ഉപദേശം കിട്ടിയു അതാണ് ഉപദേശമാണ് ിശയെ കുറിച്ച് ബോധം വന്നവൻ ഇതാണ് ഈ ബന്ധനത്തിൽ നിന്നും മോചിക്കുന്നതിനുള്ള മാർഗം അതാണ് ശ്രവണം എന്ന് പറയുന്നത് ഉപദേശം കഴിഞ്ഞ ദിവസം നമ്മളതാണ് പറഞ്ഞത് ശ്രവണ മനു വിധ്യാസനം മൂന്നിനെ കുറിച്ച് ഇവിടെ കാരണം ഗാന്ധാര നിന്നും വളരെ ദൂരെയാണ് ജീവനെ സംബന്ധിച്ചിടത്തോളം അനേക ജന്മങ്ങളിൽ അയാൾ ബന്ധനത്തിനാണ് മോചനത്തിനുള്ള ഒരു വഴിയും അയാളുടെ കയ്യിൽ സ്വന്തമായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഉപദേശം ലഭിക്കുന്നത് മോക്ഷ ഉപായത്തെക്കുറിച്ചുള്ള ഉപദേശം ഇവിടെ ആത്മതത്വത്തെക്കുറിച്ചുള്ള ഉപദേശം അത് ലഭിക്കുന്നത് അത് മുഖ്യം ആ ഉപദേശത്തേതാണ് ശ്രവണം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് ഉപദേശം എന്ന് പറയും ശിഷ്യന്റെ ഭാഗത്ത് നിന്ന് ശ്രവണം എന്ന് പറയും അപ്പൊ ആ ശ്രവണത്തിലൂടെ ശ്രവിച്ചാലോ മേധാവി പരോപതിഷ്ട ഗ്രാമപ്രവേശമാർഗ്ഗാവധാനം ഇന്നവിടെ മനന നിധ്യാസനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ വഴി ഒത്തിരി അഖെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല ആ ദിക്ക് തിരിച്ചറിഞ്ഞ് വീണ്ടും മറ്റുള്ളവരുടെ സഹായം തേടി പറഞ്ഞുള്ളൂ ഓരോ ഗ്രാമത്തിലും ചെന്ന് വഴി ചോദിച്ച് തന്റെ ദേശത്തിലെത്തിച്ചേർന്നു ഈ മോക്ഷമാർഗത്തിലും അങ്ങനെ പല സഹായവും ആവശ്യമാണ് പലരോടും വഴി ചോദിക്കേണ്ടി വരും ഏതാണ് ശരിയായ മാർഗം എങ്ങനെ എവിടെ എത്തിച്ചു തരാം അതിന് മേധാവി ആയിരിക്കണം ശ്രവണം കൊണ്ട് മാത്രം സാധ്യമല്ല അത്രയും യോഗ്യനാണെങ്കിൽ ശ്രവണം കൊണ്ട് ചിലപ്പോൾ സാധിച്ചൊന്നും വരാം പക്ഷെ അത് സാധാരണ കാര്യമല്ല സാധാരണ നിയമമല്ല മേധാവിയായിരിക്കണം ആ മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാനും അതായത് അതിനനുഗ്രഹിക്കാനും വഴി നിശ്ചയിക്കാനും പ്രാപ്തിക്കാനായി തത്വത്തെ ശ്രവിക്കുമ്പോ ആദ്യം സംഭവിക്കുന്നത് എന്താണ് ഗ്രഹണം തന്നെ ഗ്രഹണം തന്നെയാണ് ആദ്യം സംഭവിക്കുന്നത് അവസാനവും സംഭവിക്കുന്നത് ഗ്രഹണം തന്നെ പക്ഷെ ഇവിടെ തത്വഗ്രഹണത്തോടൊപ്പം ചില ദോഷങ്ങൾ സംശയം അതെങ്ങനെ സാധ്യമാകും പറയുന്ന കാര്യങ്ങൾ അവ്യക്തത വരും അജ്ഞാനം അത് പഠിക്കും വ്യക്തമാകാതിരിക്കും സംശയം വരുമ്പോൾ ചോദ്യം വരും ഗ്രഹണത്തിൽ തന്നെ ചിലപ്പോൾ ഭ്രമവും സംഭവിക്കും ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ധരിച്ചു പോകും പറയുന്നതിൻ്റെ ശരിയായ താല്പര്യം മനസ്സിലാകാതെ വരുമ്പോൾ ഭ്രമം വരും ഇത്തരം കാര്യങ്ങൾ ശ്രവണത്തിൽ സംഭവിക്കാം ഗ്രഹണത്തോടൊപ്പം തന്നെ ഗ്രഹിക്കുന്നെങ്കിലത് സംഭവിക്കാം ലൗകീയമായ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് കാര്യത്തെ ഗ്രഹിക്കുന്നു അവളുടെ സംശയം വരുന്നു ഭ്രമം വരുന്നു അവ്യക്തത വരുന്നു അജ്ഞാനം കൊണ്ട് പക്ഷെ കേൾക്കുന്നവൻ മേധാവിയാണെങ്കിൽ പറയും ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ വരും ദോഷമില്ല ഭ്രമം വരുന്നത് ദോഷമല്ല അവ്യക്തതയും ദോഷമല്ല അവൻ ചിന്തിക്കുന്നു അതാണ് മനനം പറഞ്ഞ കാര്യങ്ങളെ സംശയമെന്ന ഭാഗങ്ങളിൽ ചോദ്യം വരുന്നു അതിൻ്റെ സമാധാനത്തിലൂടെ സംശയത്തെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നു മനനത്തിൽ അതാ സംഭവിക്കുന്നു അവ്യക്തമായതിനെ ആവർത്തിക്കൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു ഭ്രമം വരുന്നിടത്ത് ശരിയായ ജ്ഞാനത്തെ സമ്പാദിച്ച് ഭ്രമത്തെ ദൂരീകരിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നതാണ് മനനം എന്ന് പറയുന്നു അതിന് പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യം ശ്രവണം നടക്കുന്നിടത്ത് തന്നെ ശ്രവണത്തിന്റെ ഭാഗമായി മനന സംഭവിച്ചോളൂ ആ ശ്രവണത്തിൽ തന്നെ ഉപദേശത്തിൽ തന്നെ അത് അന്തർഭൂതമാണ് ഇത് ശ്രവണ മനന രണ്ടും ഒരേ രീതിയിലാണ് സംഭവിക്കുന്നത് കാരണം ഇവിടെ തന്നെ ഒരു സിദ്ധാന്തത്തെ പറയുന്നു താണോ ആത്മാവ് നിന്റെ സ്വരൂപമാണോ അപ്പോ അയാളെ ഗ്രഹിക്കുന്നു കേൾവിക്കാരനെ അത് ഗ്രഹിക്കുന്നു താൻ ആത്മസ്വരൂപിയാണോ ഇവിടുനോട് വരുന്നു പൊറോട്ട് അതെങ്ങനെ സംഭവിക്കും താൻ എങ്ങനെ ആത്മസ്വരൂപിയാണ് ആകും അപ്പൊ എന്താണ് ആത്മാവ് ആത്മാവ് ഞാൻ തന്നെ നീ ആത്മാവാണെന്ന് പറയുന്നത് താൻ തന്നെയാണ് ആത്മാവ് ഭ്രാന്തിയായി ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഒക്കെ താനായി ധരിക്കുക അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന ഈ സംഘാതത്തെ താനായി ധരിക്കുക ഭ്രമമായി അപ്പോൾ ഇതിനെല്ലാം സമാധാനം അടുത്ത് വരുന്നു ചോദ്യത്തിൻ്റെ രൂപത്തിൽ പൂർവപക്ഷ സമാധാന രൂപത്തിൽ ശ്രവണത്തിൽ തന്നെ വരുന്നു പൂർവപക്ഷം എന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്നത് മനനം മുഖ്യമായി മനനം അപ്പോൾ ആ സമാധാനത്തിലൂടെ എന്റെ സിദ്ധാന്തത്തെ കൂടുതൽ വ്യക്തമാക്കും എന്തിനാണോ ഉപദേശിച്ചത് അതിന് വ്യക്തമാക്കണം എങ്ങനെ വ്യക്തമാക്കുന്നു അതിൽ അജ്ഞാന സംശയവിപര്യങ്ങളെല്ലാം നിരാകരിച്ചിട്ട് ഒരു ചോദ്യത്തിന് സമാധാനം കിട്ടി ഒരു സംശയം മാറി ഒരു അവക്ത മാറി ഒരു ഭ്രമം മാറി എന്ന് വരുമ്പോൾ ആ പറയുന്ന തത്വത്തിൽ ഒരു നിശ്ചയം വരും മനസ്സ് നിശ്ചയിക്കുന്നതാണ് നിരീധ്യാസനം എന്നു പറയും ഇന്നതാണ് പറഞ്ഞുതിന്നതാണ് ഈ ആത്മാവാണ് ബോധിച്ചപ്പോൾ എന്താണ് അത് താൻ താൻ സ്വയം തന്നെ തന്നെ തിരിച്ചറിയുന്നുണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് മറ്റുള്ള ജീവന്മാരിൽ നിന്ന് വേറിട്ട് അങ്ങനെ തന്നെ തിരിച്ചറിയുന്നു തന്റെ അസ്തിത്വത്തെ താൻ കൽപ്പിച്ചിരിക്കുന്നത് ഈ സംഘാതത്തിലാണ് ഈ സംഘാതമാണ് താൻ എന്നറിയുന്നു അതല്ല ഇതിനപ്പുറമുള്ള ഒന്നാണ് അത് അവാച്യമായ ഒന്നാണ് എന്നാൽ അതിനെ ശ്രദ്ധബോധിപ്പിക്കുന്നു അവാച്യമായ ബോധിപ്പിക്കുന്നു അതാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ നിശ്ചയം വരുന്നു ഇതല്ല ഇന്നതാണ് അങ്ങനെ മനസ്സ് നിശ്ചയാത്മകമാകുമ്പോ നിദിധ്യാസനം ഇത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ശ്രവണ മനനം നിധ്യധ്യാസനങ്ങൾ ഇവിടെ പുത്രനോട് ഉപദേശിക്കുന്നു പൂർവോക്ഷം എന്ന് പറയുന്ന പുത്രന്റെ ചോദ്യങ്ങളാണ് ഗ്രഹിച്ചേ ചോദിക്കാൻ പറ്റൂ ഭൂയ ഏവമേ ഭഗവാൻ വിജ്ഞാപേ എന്ന് പറയുമ്പോൾ ഇനിയും എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ ഗ്രഹിച്ചു പക്ഷേ അത് പൂർണമല്ല അത് മനനമാണ് വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് പലതരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ആ ഇത് ബാഹ്യമായ ഒരു ഗുരു ബാഹ്യമായതിനു ശേഷം രണ്ടുപേരും തമ്മിലുള്ള സംവാദകൾ ഇവിടെ ഭാഷകാരനാണെങ്കിലോ സിദ്ധാന്തത്തെ പറയുന്നു പൂർവ്വപക്ഷികളെ കൽപ്പിക്കുന്നു ചോദ്യങ്ങൾ ആണ് പൂർവക്ഷിയായിട്ട് പറയുന്നത് അതിൻ്റെ സിദ്ധാന്തത്തെ നിർണ്ണയിക്കുന്നു ഇന്നതാണ് ാഹ്യമായിട്ടാരും ഇല്ല വാസ്തവത്തിൽ ഭാഗ്യമായിട്ടില്ല എല്ലാ ആന്തരികമായി തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു മനസ്സിന്റെ തരത്തിൽ മനസ്സിന് തന്നെ ശ്രവിക്കുന്നു മനസ്സിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നു മനസ്സ് തന്നെ നിശ്ചയിക്കുന്നു അതാണ് അവധാരണ സമർത്ഥ അവധാരണ സാമർഥ്യം അവധാരണമെന്ന് പറയുമ്പോൾ അവിടെ സംശയങ്ങളില്ല മനസ്സ് ആ തത്വത്തിൽ ഉറക്കുന്നു അതിലുറക്കാൻ അത് നിധ്യാസനം വീണ്ടും വിശ്രമിക്കേണ്ട ആവശ്യം വരുന്നു വീണ്ടും മനനം ചെയ്യേണ്ട ആവശ്യം വരുന്നു വന്നാൽ വീണ്ടും ഇത് അപ്പൊ ശ്രവണമന ഇതിഹാസനങ്ങളിൽ കൂടി നിരന്തരം അങ്ങനെ വരുമ്പോൾ വികൽപ്പങ്ങൾ മനസ്സിന്റെ വികൽപ്പങ്ങൾ കുറയും ഈ വിഷയത്തിൽ പൂർണ്ണമായ അവധാരണ സംഭവിക്കുന്നു അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവധാരണം എന്ന് പറയുന്നത് അജ്ഞാന സംശയവിര്യങ്ങളും നിരാകരിക്കുക എന്നുള്ളത് ഞാൻ ആ സംശയങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞാൽ അവിടെ കേവലമായ ശുദ്ധമായ അവസ്ഥ ആ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു ശ്രോത ഏതൊരു വിഷയത്തെ കുറിച്ചാണോ താൻ ചിന്തിക്കുന്നത് ആ വിഷയത്തിലുള്ള ദോഷങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നത് ആ വിഷയം എന്ന് ഇവിടുത്തെ വിഷയം ആത്മതത്വത്തെ സംബന്ധിച്ചാണ് നാനാ വിഷയങ്ങളെ കുറിച്ചല്ല മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് അജ്ഞാന സംശയ വിന്യങ്ങളുണ്ടാകും അതുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ആത്മതത്വത്തെ സംബന്ധിച്ച് അയാൾ ശ്രവണ മനനും നിത്യാസനങ്ങളിലൂടെ നിശ്ചിന്തനായിട്ടിരുന്നു നിശ്ചിന്തത എന്ന് പറയുന്നതാണ് ആ വിഷയത്തിലൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമാണ് അങ്ങനെ പിന്നെ എന്തിനു ചിന്തിക്കണം രാവും പകലും ആത്മാവിനെ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ശരി ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ചിന്തിക്കാം ആ ചോദ്യമില്ലെങ്കിൽ അവധാരണ സമർത്ഥ അവധാരണം അത് വന്നുകഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കുന്നു അതെ കുറിച്ച് ചിന്തിക്കേണ്ട അത് ചിന്തിച്ച് നടക്കേണ്ട കാര്യം അതാരണം എന്തിനു ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ച് പോലും പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം അതിന്നതാണെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല മുമ്പിലിരിക്കുന്ന പുസ്തകമാണെന്ന് പ്രത്യക്ഷമായി ധരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് പുസ്തകമാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനൊരു സംശയത്തിന് ഇതിൽ അവധാരണം വന്നു കഴിഞ്ഞു ഇനി അതിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് ചിന്തിക്കാം അത് മറ്റൊരു കാര്യം ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രമാണത്തിലൂടെ നിശ്ചയം വന്നു ചക്ഷിന് ഇന്ദ്രിയത്തെ തന്നെ എടുക്കുക പ്രമാണമായി അതിലൂടെ നിശ്ചയം വന്നു കഴിഞ്ഞത് പുസ്തകമാണ് പിന്നെന്തിനാ ഇതെപ്പോഴും ചിന്തിച്ചു കിടക്കും അതിന്റെ ആവശ്യമുണ്ട് ഇതങ്ങനെ ഒരു വസ്തുവല്ല സ്വസ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ സ്വസ്വരൂപത്തെ സംബന്ധിച്ച് പിന്നെ ഇത്ര പുസ്തകത്തെ സംബന്ധിച്ച് വരുന്ന ആയാസം അവിടെ പുസ്തകത്തെ സംബന്ധിച്ച് ഇന്ദ്രിയം വിഷയം രണ്ടുള്ള സംബന്ധം മനസ്സ് അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരണം എന്നാലെ വെളിച്ചം എല്ലാം എന്നറിയുന്ന പുസ്തകം ഒന്നും ഞങ്ങളുണ്ടാവും എന്തുകൊണ്ട് അത് ഇതിനറിയുന്ന അറിവിൽ നിന്ന് അത് അന്യമായി അനുഭവപ്പെടുന്നു പരമാർത്ഥത്തിൽ അന്യം അല്ലെങ്കിൽ ഒരുപാട് യത്നം ആവശ്യമാണ് ഇവിടെ അങ്ങനെ ഇവിടെ സ്വസ്വരൂപം തിന്തക്ക് വിഷയമായിരിക്കുന്നു താൻ തന്നെയാണ് ചിന്തിക്കുന്നതും താൻ തന്റെ സ്വരൂപത്തെ കുറിച്ച് താൻ തന്നെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിന്റെ സ്വരൂപത്തെ കുറിച്ച് മനസ്സ് ചിന്തിക്കുന്നു മനസ്സിന്റെ സ്വരൂപമായ തത്വത്തെ മനസ്സ് ചിന്തിക്കുന്നു മനസ്സിന്റെ സ്വരൂപം എന്താണത് സത്താണ് എന്നൂടെ പറയും സത്താണ് അതിന്റെ സ്വരൂപം അത് ചിന്തിച്ച് കഷ്ടപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് സത്ത് മനസ്സിന്റെ അനുഭവമാണ് അതിന്റെ ഉണ്മയെ അത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഉണ്മയിൽ അത് നിരന്തരം നിലനിൽക്കുന്നു അതിന്റെ ഉണ്മയിൽ ഒരിക്കലും ഭ്രമം ഉണ്ടായിട്ടില്ല അതിന്റെ ഉണ്മയിൽ സംശയത്തിന് യാതൊരു വഴിയുമില്ല അതുകൊണ്ടത് സരളമാണ് ആർക്ക് അവധാരണ സമർത്ഥ അങ്ങനെ നിശ്ചയിക്കുന്നതിന് സാമർഥ്യമുള്ളതാണ് അതിനൊരു സാമർഥ്യം കൂടി വേണം അവനെന്ത് ചെയ്യുന്നു ഗാന്ധാരാനേവ് ഉപസമ്പത്തിൽ അവൻ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു ഈ ബന്ധനത്തിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു നെയ്ത്തരോ മറ്റുള്ളവർക്കോ സാധ്യമല്ല മൂഢമതർ ആ ബുദ്ധിയിൽ അത്ര ഒരു വിവേകമില്ലെങ്കിൽ ബുദ്ധിക്കാനുള്ളൊരു ക്ഷമതയില്ലെങ്കിൽ അത് എളുപ്പ ആ ക്ഷമത ഉണ്ടാക്കി അങ്ങനെയാണ് ആയാസകരമായ കാര്യങ്ങൾ ഈ ശരീരം കൊണ്ട് ചെയ്യാം പക്ഷെ ശരീരത്തിനുള്ള ക്ഷമത വേണം ശരീരത്തിനതിനുവേണ്ട ശക്തിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള പണിയും ശരീരം കൊണ്ട് ചെയ്യാം ശരീരയോഗ്യമായിരിക്കണം അതിലൂടെ മനസ്സ് യോഗ്യമായിരിക്കണം മനസ്സിന് നൈർമല്യം യോഗാഗ്രത സ്വച്ഛത പ്രസാദം തുടങ്ങിയ ഗുണങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം ആ മനസ്സിന് ആ ഗുണങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്നതിന് അതുപോലെ തന്നെ ഗ്രഹിക്കും തള്ളേണ്ടേനെ തള്ളി സൂഖാബോഹത്വന്ന് പറയുന്നതാണ് മറിച്ചാണെങ്കിലും മൂഢമതിൽ ദേശാന്തര ദർശനത്തിൽ പറയുന്നു ഇവിടെ ബന്ധനത്തിലാവപ്പെട്ടവന് ആ ബന്ധനത്തിൽ നിന്ന് മോചിച്ച് തന്റെ നാട്ടിൽ പോണമെന്ന് ആഗ്രഹമുണ്ട് സ്വരാജ്യ സ്വരാജ്യസിദ്ധി അതായും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മൂഢമതിയാണെങ്കിൽ എന്റെ മനസ്സിനനുകൂലമല്ലെങ്കിൽ സാധ്യമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് യത്നം ആവശ്യമാണ് മനസ്സിന യോഗ്യതയെ നേടിയെടുക്കുന്നതിന് യത്നം ആവശ്യമാണ് യത്നങ്ങളെല്ലാം അവിടെയാണ് ചരിതാർത്ഥമാകുന്നു സഫലമാകുന്നു അവിടെയാണ് മൂഢമതിക്കിത് അസാധ്യമെന്നല്ല പറയുന്നു മൂഢമതി തന്റെ ബുദ്ധിയെ സംസ്കരിക്കാൻ പറയുന്നു മറ്റു ഭാഗങ്ങളിൽ പറയുന്ന കർമ്മയോഗവും മറ്റു കാര്യങ്ങളും ഉപാസനകളും ജപവും ധ്യാനം ഒക്കെ പറയുന്ന അതിനുവേണ്ടി ഒരാൾക്ക് ജിജ്ഞാസ ആർക്കും ഉണ്ടാവും മമുക്ഷത്വം ആർക്കും ഉണ്ടാകും അതിന് ബുദ്ധിമാനെന്നോ മൂഢനെന്നോ ഇല്ല ബന്ധനത്തിൽ നിന്ന് മോചിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏതു വഴി സഞ്ചരിക്കണം നേരിട്ട് വേദാന്ത ശ്രവണം മനണനിധ്യാസനത്തിലൂടെ ആത്മനിഷ്ഠനായിരിക്കാണ് അതെല്ലാവർക്കും സാധിച്ചൊന്നും വരത്തില്ല ദേശാന്തര ദർശനത്തിൽ അതിനുള്ള ആഗ്രഹം ഉണ്ടായാലും ശരി യോഗ്യതയില്ലാത്ത ആഗ്രഹത്തേക്ക് ഒപ്പം യോഗ്യത കൂടി വേണം അതാണ് ആദ്യം പറഞ്ഞത് ഉപദേശവാൻ മേധാവി മേധാവി പണ്ഡിതനും മേധാവിയുമായിരുന്നാൽ ശ്രവണ മനന മാർഗത്തിലൂടെ എത്തിച്ചേരാം അതും പണ്ഡിതനെന്ന് പറയുമ്പോഴും ബുദ്ധിയും മേധയുള്ള എല്ലാവരും ഈ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടോ അത് സാധിക്കുന്നില്ല ഇവിടുത്തെ പണ്ഡിത്യവും മേധയുമെല്ലാം ഈ മാർഗത്ത് ശ്രവണ മനന മാർഗത്തിൽ സഞ്ചരിക്കുന്നുള്ള പാണ്ഡിത്യവും മേധയാണ് ലൗകികുമായ വിഷയങ്ങൾ ഗ്രഹിക്കുന്നതിനും ഈ പാണ്ഡിത്യവും മേധയെല്ലാം ആവശ്യമാണ് അതുകൊണ്ടിത് സാധിക്കത്തില്ല അവിടെ നിന്നും ആവശ്യമില്ല അത് ബുദ്ധിശുദ്ധിയെ മുഖ്യമായിട്ടത് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ മനസ്സിന്റെ ഏകാഗ്രതയെ ആശ്രയിച്ചെന്നിരിക്കും എന്നാൽ ശുദ്ധിയെ ആശ്രയിക്കുന്നു ഇത് ബുദ്ധിശുദ്ധിയെ ആശ്രയിക്കുന്ന ഒന്നാണ് അങ്ങനെ പണ്ഡിതൻ മേധാവി എന്ന് പറയുന്നിടത്തും കേവലം ശാസ്ത്രജ്ഞാനമെന്നോ സർവദർശന ജ്ഞാനമൊന്നും ഒന്നും എടുക്കരുത് അതുകൊണ്ട് സത്യമല്ല സർവദർശനജ്ഞാനം തന്നെ മനുഷ്യനെ ചിലപ്പോൾ ബഹിർമുഖമാക്കിക്കുള്ള അതിന്റെ ദോഷം അതുകൊണ്ടാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് നിന്ദിക്കുന്നത് ശാസ്ത്രം കൊണ്ട് പ്രയോജനമില്ല അത് അങ്ങനെ പറഞ്ഞ നിന്ദിക്കുന്ന അതുകൊണ്ടാണ് കാരണം അത് തന്നെ മനുഷ്യനെ വേർമുഖമാക്കും ഇതിനു വേണ്ട അന്തർമുഖതയാണ് ശബ്ദജാലം മഹാരണ്യം എന്ന് പറയുന്നത് മഹാരണ്യ അതിലൂടെ സഞ്ചരിക്കണമെന്ന് തോന്നുന്നു അതിലൊന്നും മോചിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ട് അനാത്മശാസ്ത്രങ്ങളൊക്കെ നിഷേധിക്കുന്നു പാണ്ഡിത്യമാണ് ആത്മശാസ്ത്രങ്ങളിലുള്ളതാണ് അങ്ങനെ നിഷേധിക്കുന്നു ഇനി ആത്മശാസ്ത്രത്തിൽ തന്നെ ഭ്രമിച്ചു പോകാൻ ശാസ്ത്രഭ്രമം സംഭവിക്കുന്നു ശാസ്ത്രഭ്രമം സംഭവിക്കുന്നിങ്ങനെ ഇവിടെ ആത്മതത്വധാരണ തത്വത്തെ വിനയിക്കുകയാണ് അല്ലാത്ത ശാസ്ത്രധാരണമല്ല ശാസ്ത്രത്തെ ധരിക്കുക എന്നല്ല പറയും ശാസ്ത്രാന്തെന്ന അധികച്ചതി പോലെയുള്ള ഇതിപ്പോ ഒരായുസൊന്നുണക്കാക്കന്മത്തെ ഒരായുസ് എടുക്കാം ഇതുപോലുള്ള നൂറ് ആയുസ് ചെന്നാലും ലഭിച്ചാലും ശാസ്ത്രാന്തം എന്ന അധികച്ചതി ഈ ശാസ്ത്രത്തിന് ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടില്ല ഒരു ജന്മം ഇത് ആധ്യാത്മിക ശാസ്ത്രം തന്നെ അതത്രയും വിപുലമാണ് ഇപ്പൊ ശാസ്ത്രഗ്രഹണമല്ല പാണ്ഡിത്യം കാരണം ഇവിടെ പാണ്ഡിത്യം എന്നുള്ള ശബ്ദം ഉപയോഗിച്ചപ്പോ അങ്ങനെ ഒരുപാട് നമ്മൾ ശാസ്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാലും തത്വം നിഷ്ഠ ഉണ്ടാവണമോ ശാസ്ത്രത്തിൽ അപാരമായ നിഷ്ഠയുള്ള ഏത് ശാസ്ത്രത്തിന്റെ ഏത് ഭാഗത്ത് എന്ന് ചോദിച്ചാലും ഒരാൾ അത് പറയാനും വിശദീകരിക്കാനുമുള്ള സാമർഥ്യം ശാസ്ത്ര വ്യാഖ്യാന കൗശലം എന്ന് പറയുന്നത് ആ സാമർഥ്യം അത് മനസ്സിൻ്റെ ബഹിർമുഖമായ പ്രവൃത്തിയാണ് അതല്ല ഇവിടെ പാണ്ഡിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നു ആത്മനിഷ്ഠമായ അന്തർമുഖമായ ശാസ്ത്രമാണ് അത് ഈ ശാസ്ത്രത്തിൻ്റെ കാടും പഠനങ്ങളും ഗ്രഹിക്കുന്ന ശാസ്ത്രത്തിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കും അതുകൊണ്ടാണ് അദ്വൈതത്തെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയും നിങ്ങൾ ഭാഷയെ ഗ്രഹിക്കുമ്പോൾ എന്ന് വെച്ചാൽ ശബ്ദത്തെ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ വച്ചാർത്ഥത്തിലുള്ള അതിൻ്റെ ലക്ഷ്യത്തെ ഗ്രഹിക്കണമെന്ന് പറയുന്നതാണ് അലക്ഷ്യത്തെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക ഇവിടെ അതാണ് പറഞ്ഞു ഉത്തരദിക്കിലാണ് ഗാന്ധാര ദേശം ഉത്തരദിക്കിലാണെന്നുള്ളത് അപ്പൊ അതിന്റെ താല്പര്യത്തെ അവൻ ഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ശരി ഇവിടെ നേരെ ഉത്തരം നോക്കി പോവുക അതല്ല പറഞ്ഞതിന്റെ ഒരു താല്പര്യമുണ്ട് ഉത്തരദിഖ് അറിയാം പക്ഷെ ഉത്തരദിക്കിലെ ഗാന്ധാരത്തെ അറിയുന്നതിന് എന്ത് വേണം ഇവിടെ പറഞ്ഞു എന്താണ് ഗ്രാമാന്തരം പ്രശ്നം അവൻ അന്വേഷിക്കുന്നു ഓരോ ഗ്രാമങ്ങളിലും അന്വേഷിക്കുന്നു ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലൂടെയാണ് അവനവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ ഉപദേശത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കി എങ്ങനെയാണ് അത് അന്വേഷിക്കേണ്ടതെന്ന് ആ താൽപ്പര്യത്തെയാണ് അതിൻ്റെ ലക്ഷ്യം അത് മനസ്സിലാക്കുക അതിനുവേണ്ടി അല്ല ലക്ഷിക്കുന്നവരും മറ്റെന്തോ ഒരു സാധനം ഒന്നും നമ്മൾ ധരിക്കരുത് സാധാരണ ഒരു പ്രസിദ്ധമായ ഉദാഹരണമുണ്ട് അദ്ദേഹം പഠിക്കുന്നവരിതൊക്കെ അറിഞ്ഞ് തീരുവെന്നൊരു നിർബന്ധമുണ്ട് ചിലർക്ക് പക്ഷെ അത് അങ്ങനെ അറിഞ്ഞു തീരു അതിന്റെ നിർബന്ധത്തിന്റെ കാര്യം തത്വത്തെ ഏതെങ്കിലും ഉപായത്തിലൂടെ ഗ്രഹിച്ചാൽ മതി ൾ പറയുന്നത് ഗംഗായോഷം ഗംഗയിലാണ് ഇടയക്കുടൽ എന്ന് പറയുന്നത് ഗംഗ എന്ന് പറയുന്നത് നദീപ്രവാഹം അവിടെ ഇടയ ഗ്രാമം അത് സംഭവിക്കത്തില്ല ഒരു ഗ്രാമം അതൊരിക്കലും സംഭവിക്കത്തില്ല പ്രവാഹത്തിനങ്ങനെ ഗ്രാമം ഇരിക്കും അപ്പോ എവിടെയാണ് ഇടയ ഗ്രാമം എന്നൊരാൾ അന്വേഷണം ഒക്കെയാണ് അയാൾക്ക് പാലിന്റെയോ തേലിന്റെയോ ഒക്കെ ആവശ്യമാണ് അപ്പൊയാൾ വഴിച്ച് പോവുകയാണ് എവിടെയാണ് ഏ ഗ്രാമം അടുത്ത് കണ്ട അവിടെ എന്ത് ചെയ്യുന്നു കേട്ടയാളിനുടൻ അതിന്റെ താല്പര്യത്തെയാൾ ഗ്രഹിക്കുന്നു പച്ചയടുത്തത്തെ എല്ലാം ഗ്രഹിച്ചു അങ്ങനെ ലക്ഷ്യം എന്ന് പറയുന്നു പറഞ്ഞയാളുടെ താല്പര്യം തന്നെയാണ് പറഞ്ഞത് ഗംഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ് ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദീപ്രവാഹം തന്നെയാണ് അതിന്റെ അർത്ഥം പക്ഷെ തൽക്കാലം ആ അർത്ഥത്തെ സ്വീകരിക്കുക വച്ചാർത്ഥത്തെ ബഹിഷ്കരിക്കുക ബഹിഷ്കരിച്ചിട്ട് അതിന്റെ സമീപം അതാണ് അയാളുടെ ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് ഇതേ ഗ്രാമം ആ സമീപത്തിലേ അത് സംഭവിക്കൂ ഒരിക്കലും നദിയിൽ സാധ്യമല്ല ഇവിടെ യുക്തി ആശ്രയിച്ചിട്ടാണ് യുക്തി ആശ്രയിച്ചിട്ടാ താല്പര്യത്തെ ഗ്രിച്ച് അതുകൊണ്ട് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നു ഈ ഒരു ശൈലിയാണ് സർവത്രത്തിൽ വിശേഷിച്ചത് എന്നാൽ എന്തുകൊണ്ട് നേരിട്ടങ്ങ് പറഞ്ഞാ ഗംഗോഷ എന്ന് പറയുന്നതിന് പേരും ഗംഗായീരെ ഘോഷ എന്നു പറഞ്ഞ പ്രശ്നം എന്താണ് ഗംഗയുടെ തീരത്തിലാണ് ഡയോഗ്രാമൊന്നും അങ്ങ് വ്യക്തമായി പറഞ്ഞാൽ പക്ഷെ ഇങ്ങനെ പറയുന്നതൊരു ശൈലിയാണ് ലൗകികമായ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലും നേരിട്ട് പറയാതെ ഇങ്ങനെ പറയുന്നൊരു ശൈലിയാണ് ചില സൗകര്യങ്ങളുണ്ട് കാരണം ഗംഗായഹ തീരെ ഘോഷ എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ചുരുങ്ങി പറയുന്നതാണ് ഗംഗായാം ഘോഷ എളുപ്പം മനസ്സിലാവും ബുദ്ധിയുള്ള അത്ര മതി അതി കൂടുതൽ ആവശ്യമില്ല നമ്മൾ സാധാരണ പറയാനുള്ള കാര്യമാത്ര പ്രസക്തം ഉപദേശം എങ്ങനെയാണ് ഉപദേശം കൊണ്ട് എന്താ ഉപദേശിക്കുന്നത് അവൻ കാര്യത്തെ ഗ്രഹിക്കുക കൂടുതൽ വർണ്ണനകൾ എന്തിനു വാസ്തവത്തിൽ ഉപദേശത്തെ ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും പറഞ്ഞത് അല്പം വാക്കുകളെ കൊണ്ട് കാര്യം ബോധിപ്പിക്കുക അതിന് ഈ വഴിയെ സ്വീകരിക്കുന്നത് പക്ഷെ അവിടെ കേൾക്കുന്നവൻ അവന്റെ ബുദ്ധി ഉപയോഗിക്കും പറയുന്നവന്റെ താല്പര്യത്തെ ആഗ്രഹിക്കും അപ്പോൾ താൽപ്പര്യത്തെ ഗ്രഹിക്കുകയും പറയാം അത് വാശ്യാർത്ഥമല്ല അതെ ലക്ഷ്യാർത്ഥമാണ് ചില സ്ഥലങ്ങളിൽ വാശ്യാർത്ഥം തന്നെ ഗ്രഹിക്കും ഗംഗായാം മീനഹ എന്നു പറഞ്ഞാലോ ഗംഗായാം നാവഹ എന്ന് പറഞ്ഞാലോ ഗംഗയിൽ തോണികളുണ്ട് ഗംഗയിൽ മത്സ്യമുണ്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് തന്നെ അവിടെ വാചാർത്ഥം ഇട്ട് എന്ന് ഓടിപ്പോയേണ്ട കാര്യമില്ല സ്പഷ്ടമാണ് ഇത് പറയുന്നവനും കേൾക്കുന്നവനും തമ്മിലുള്ളൊരു ധാരണയാണ് പറയുന്നവന് ബോധ്യമുണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നാവും അവിടെ വള്ളങ്ങൾ കിടക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കും കേൾക്കുന്നവനതുതന്നെ മനസ്സിലാക്കുന്നു അതാ പരസ്പര ധാരണയാണ് ശബ്ദപ്രയോഗത്തെ സംബന്ധിച്ച് ഉള്ള പരസ്പരമുള്ള ബോധം രണ്ടിടത്തും അതുണ്ട് ഗംഗായം നാവഹ എന്ന് പറഞ്ഞിടത്തും പറയുന്നയാള് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കേൾക്കുന്ന ആള് ഗ്രഹിക്കുന്നത് ഗംഗായാം ഘോഷ എന്ന് പറയുന്നിടത്തും അത് തന്നെ ഗ്രഹിക്കുന്നു പക്ഷേ ഗംഗായാം ഘോഷ എന്നിടത്തും ഒരു പക്ഷേ ഇവന് വേണ്ടത്ര ബുദ്ധി ഉറച്ചിട്ടില്ലെങ്കിൽ അവനവിടെ ആശയക്കുഴപ്പത്തിലാവും അതെങ്ങനെ സംഭവിക്കും ഇടയക്കുടിൽ ഒരിക്കലും ഇടേ ഗ്രാമം എങ്കിലും സംഭവിക്കത്തില്ല സംശയം അപ്പോ അങ്ങ് വിശദീകരിക്കേണ്ടി ഞാൻ പറഞ്ഞ എന്റെ ഇന്നതാണ് കാര്യങ്ങൾ എങ്ങനെയും പറയാറുണ്ട് ഇത് ലൗകികമായൊരു കാര്യമാണ് സർവത്ര ഭാഷയിൽ ഇത്തരം പ്രയോഗങ്ങൾ ശ്രോതാവും വക്താവും തമ്മിലുള്ള ധാരണയും പ്രയോഗിക്കാറുണ്ട് മനസ്സിലാകാറുമുണ്ട് അദ്വൈതത്തിൽ എന്താണോ അദ്വൈതത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം തന്നെ ഈ തത്വത്തെ ഒരു വാക്കിനും വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് അതേ അദ്വൈതം തന്നെ വാക്കിലൂടെ ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ വയ്യാത്ത ഒന്നിനെ വാക്കിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വാക്കുകളില്ലാതിന് വേണ്ടിയിട്ടാണ് എത്തോ വാച്ചോ നിവർത്തൻ്റെ എന്ന് പറയുന്നു പറഞ്ഞിട്ട് വീണ്ടും അതിനെ വർണ്ണിക്കുന്നു വാക്കുകളിലൂടെ വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ മയാക്കോ ഇങ്ങനെ വാക്കിലൂടെ വിശദീകരിക്കുന്ന എന്താ എന്റെ താല്പര്യം താല്പര്യം ഇത് തന്നെയാണ് വാക്കിലൂടെ അതിന്റെ വാച്യമായി അതിനെ വെളിപ്പെടുത്താൻ സാധ്യമല്ല അതാണ് സാധ്യമല്ല എന്ന് പറയുന്നു ച്ഛ്യമായ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട പക്ഷേ അതിന്റെ താല്പര്യം എന്നുള്ളതാണ് അതിനെ ഇവിടെ പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് സാഹിത്യശാസ്ത്രത്തിനും മറ്റും താല്പര്യം ലക്ഷ്യം ഇതിനൊക്കെ വേറെ വേറെ പറയും അത് സാങ്കേതികമായ എന്റെ വ്യാഖ്യാനങ്ങൾ ഇവിടെ നമ്മൾ ആ രീതിയിലല്ല പറയുന്നു ഇവിടെ എന്റെ കേവല താല്പര്യത്തെ പറയുകയാണ് അപ്പൊ എന്റെ താല്പര്യമായി അതിന്റെ ലക്ഷ്യമായി അതിനുഗ്രഹിക്കാം അതാണ് ഇത് വാക്കിന് വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് വാക്കുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നില്ല കാര്യം വാശ്യമായി അത് വിഷയമല്ല പക്ഷെ എന്റെ താല്പര്യമുണ്ട് ആ താൽപ്പര്യത്തെ ഗ്രഹിച്ചു പോകണം ആ ലക്ഷ്യത്തെ ഗ്രഹിച്ചു പോണു ആ താൽപ്പര്യത്തിൽ ലക്ഷ്യത്തിൽ മനസ്സുറക്കുന്നതിനാണ് ഇവിടെ പറയുന്നത് അവധാരണം അവധാരണ സമർത്ഥൻ എന്ന് പറയും അതിനുള്ള ഒരു അന്തർമുഖത ബുദ്ധിവിശേഷം ഉണ്ടാകും ഉണ്ടായല്ലെങ്കിൽ ഈ ശാസ്ത്രജാലത്തെ തന്നെ ഭ്രമിച്ചു പോവും അത് രണ്ടും രണ്ടാണ് തത്വഗ്രഹണ സാമർഥ്യം വേറെ ശാസ്ത്രഗ്രഹണ സാമർഥ്യം വേറെ രണ്ടുമൊന്നല്ല ശിക്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരാളിന് ശാസ്ത്രത്തെ എല്ലാം ഗ്രഹിക്കാൻ പറ്റും ആത്മശാസ്ത്രം അടുത്ത് നമ്മളതാ ചർച്ച ചെയ്തു ഇവിടെ അത് പറയേണ്ട കാര്യമില്ല അടുത്ത നാരദാസന കുമാര സംവാദത്തിൽ ആവശ്യമാണ് ചർച്ച ചെയ്ത് വേദാന്തം എല്ലാം വേദം മുഴുവനും അധ്യയനം ചെയ്തു വേദാന്തവും പഠിച്ചു ഒരു കൃത്യമായി കണിശമായി ശാസ്ത്രത്തെ അവതരിപ്പിക്കാനും കഴിയും പക്ഷെ അയാൾക്ക് ആത്മബോധം ഉണ്ടാകുന്നില്ല ആ ഒരു ഭാഗമാണ് വാച്യത്തിൽ നിന്നെങ്ങനെ ലക്ഷ്യത്തെ ഗ്രഹിക്കുന്നു അതാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അത് മൂഢുമതിക്ക് സാധ്യമല്ല അയാൾക്ക് ആഗ്രഹം ഉണ്ടായാലും സാധ്യമല്ല യോഗ്യതയാൾ സമ്പാദിക്കുന്നു യഥാന്തോ വർണിത ഇവിടെ ഈഷയേഭ്യോ ദന്താരസ്കരയിരവിനദ്ദാക്ഷോ അവിവേകോ ദിങ്മൂഢോ അശ്വനായ പി വ്യാഘ്രാത ദുഃഖാർ വിക്ോസൻ ബന്ധനഭ്യോ മുു തിഷത്തിമോക്ഷിതൃത്യം ദൃഷ്ടാന് വേ ദൃഷ്ടപരതെ വിവിടെ ജീവന്റെ കാര്യവും മനസ്സിലാക്കണം സ്വവിഷയേഭ്യോ വിഷയം എന്ന് വെച്ചാൽ ദേശം സ്വന്ത സ്ഥലം തന്റെ താമസസ്ഥലം അവിടെ നിന്നും ഗാന്ധാരേഭ്യ അതാണ് ഗാന്ധാര താൻ ജനിച്ചു കളന്ന സ്ഥലം അല്ലെങ്കിൽ താൻ സ്ഥിരം താമസിക്കുന്ന സ്ഥലം അവിടെ നിന്നും പുരുഷ തസ്തരീയരഭിനാക്ഷോ കള്ളന്മാര് മറ്റു പുരുഷന്മാർ കണ്ണുകെട്ടി അവിവേക ഒന്നും തിരിച്ചറിയാമ്യ വഴി തിരിച്ചറിയാമ ദേശത്തെ തിരിച്ചറിയമ്മ അതാണ് ഇവിടുത്തെ അവിവേകം ദിങ് മൂഢഹ ദിക്കറിയാമയ കിഴക്കേത് വടക്കേത് പടിഞ്ഞാറിയത് കണ്ണൻ കെട്ടിയവൻ എങ്ങനെയാണ് ദിക്കറിയുന്നത് അശ്വനായ പിപ്പാസാദിമാൻ വിശപ്പുന്താഹുമെല്ലാം ഉണ്ട് കള്ളന്നാൽ വളരെ ദൂരം നടത്തിച്ചു ആഹാരമൊന്നും കൊടുക്കാതെ വ്യാഘ്ര തസ്കരാദ്യ അനേക ഭയാനർത്ഥ പ്രാതയുദ്ധം മരണ്യം അങ്ങനെ ചെന്ന് എത്തിച്ചേർന്നിവിടെ വനത്തിലാണ് അരണ്യത്തിലാണ് അവിടെ എന്തിനെയെല്ലാം ഭയക്കണം ഹിംസ്രജന്തുക്കളെ ഭയക്കണം വ്യാഖ ക്രൂരന്മാരായ മനുഷ്യരെ ഭയക്കണം തസ്കരൻ ഇനിയും തന്നെ കളൻ ബന്ധിച്ച് പീഡിപ്പിക്കാം ഇങ്ങനെയുള്ള അനർത്ഥവ്രാതയുധം അനേക അനർത്ഥങ്ങളോട് കൂടി ചേർന്നതായ അരണ്യം പ്രവേശിത അവനത്തിൽ പ്രവേശിച്ചു ദുഃഖാർത്ഥ ദുഃഖാർത്ഥനായി ദുഃഖത്താൽ ദുഃഖിതനായി പീഡിതനായി വിക്രോശം നിലവിളിക്കാൽ വേറെ ഒന്നുമില്ല ബന്ധനേഭ്യോ മുമുക്ഷോ പക്ഷെ ഉള്ളിൽ ഈ കെട്ടുകളെല്ലാം പൊട്ടിച്ച് സ്വതന്ത്രനാകണം സ്വന്തദേശത്തെത്തിച്ചേരണം പക്ഷെ അങ്ങനെ കഴിയുന്നു തിഷ്ടീ ബന്ധനത്തിൽ തന്നെ കഴിയുന്നു ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്ന ആഗ്രഹത്തോടു കൂടി ഈ സകഥഞ്ച് ദൈവകരുണികേന കാണുന്ന എല്ലാവർക്കും മോചിപ്പിക്കണമെന്നും താല്പര്യമൊന്നും തോന്നത്തില്ല പക്ഷെ ഇവിടെ ഒരാള് കണ്ട ഒരാളുകൾക്ക് ദൈവ തോന്നി മോക്ഷിത അവനെ ആ കെട്ടിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നു സ്വദേശാര അവൻ കാന്താരത്തെ പ്രാപിക്കുന്നു സ്വന്തം വീട്ടിലെത്തിച്ചേരുന്നു തനിക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം കാണുന്നു നിർവൃത്ത സുഖ്യഭൂ നിർവൃത്തനായി തീരുന്നു ഇത് തന്നെയാണ് ജീവന്റെ ഈ ബന്ധനത്തിനും സംഭവിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനവും അതാണ് എടുത്തു പറയുന്നത് ഇനി തത്വത്തിലേക്ക് വരുന്നു ഇവിടെ തനിക്ക് ബന്ധനം എവിടെ നിന്നാണ് ആരംഭിച്ചത് പറയുന്ന സത്തൽ നിന്നോ സദാ സൗമ്യ തഥാ സമ്പന്നോ ഭൂതി എന്നല്ല മുമ്പ് സത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ സത്തെന്താണ് ജഗതാത്മസ്വരൂപ ജഗത്തിന്റെ ആത്മാവാണ് സർവപ്രപഞ്ചത്തിന്റെയും ആത്മാവാണ് അതിൽ നിന്നാണ് ഇവിടെ ബന്ധനത്തിൽ വന്നത് സുസ്വരൂപത്തിൽ നിന്ന് തന്നെ ഭ്രംശിച്ച് ബന്ധനത്തിൽ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇത് ഇതിന്റെ തുടക്കവുമായിട്ട് ബന്ധപ്പെടുക്കുന്ന സദേവസ്വം ഇതുമഗ്രാസികമാതീയം അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ സത്തിൽ നിന്നും ഈ ബന്ധനത്തിലേക്ക് വന്നു ഈ ജഗത്തിലേക്ക് വന്നു അങ്ങനെയാണ് ഉൾപ്പെടുത്തുമ്പോൾ ജഗത് ആത്മാർ ജഗത്തിന്റെ ആത്മാവാണ് ആ സത്ത് ജഗത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാലോ ജഗത്തൊന്ന് ജഗത്തിന്റെ ഒരു ആത്മാവ് മറ്റൊന്നും അങ്ങനെ പലവണ്ണം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ജഗത് ആത്മസ്വരൂപം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നിന്റെ ആത്മാവ് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അതുണ്ടാവില്ല ഉപ്പിന്റെ ഉപ്പരിസം നഷ്ടപ്പെട്ടാൽ പിന്നെ ഉപ്പുണ്ടാവില്ല അഗ്നിയുടെ ഉഷ്ണം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ അഗ്നി ഉണ്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല നഷ്ടപ്പെടാൻ ഇട്ടൊക്കത്തില്ല ഉപ്പിൽ നിന്നും ഉപ്പ് രസം ഇല്ലാതാകത്തില്ല ഉപ്പ് നിൽക്കുക രസം പോവുക സംഭവിക്കില്ല അഗ്നി ഉണ്ടായിരിക്കുക ഉഷ്ണം ഇല്ലാതാകുക സംഭവിക്കത്തില്ല പ്രകാശം ഇല്ലാതാകുക ഈ സത്ത് ജഗത് ആത്മസ്വരൂപം എന്നാണ് അതിനെ പറയുന്നത് ജഗത്തിന്റെ ആത്മാവാണ് ജഗത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ജഗത്ത് അങ്ങനെയൊന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല പ്രകാശം നഷ്ടപ്പെട്ട അഗ്നിയെ പോലെയാണ് കേവലം ഭാവനയുണ്ട് നഷ്ടപ്പെടാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് വളരെ സ്പഷ്ടമാ മണ്ണ് നഷ്ടപ്പെട്ട മൺപാത്രം അങ്ങനെയൊന്നുണ്ടോ സത്യം എന്ന് പറയുന്നതിന് അതാണ് പറഞ്ഞത് ജഗതാത്മാ ജഗത്തിന്റെ ആത്മാവാണ് മണ്ണ് നഷ്ടപ്പെട്ട ഒരു മൺപാത്രം അങ്ങനെ എന്തുകൊണ്ട് മൺപാത്രം മണ്ണ് തന്നെ നമ്മൾ ചർച്ച ചെയ്ത അവിടെ വേറിട്ടൊന്നുമില്ല മണ്ണിൽ നിന്ന് വേറിട്ടെടുത്ത് കാണിക്കാനൊന്നുമില്ല ഒന്ന് കാണിച്ചാൽ സമ്മതിക്കും ാണ് മൺപാത്രം വേറെയാണ് ആ ഒന്ന് കാണിക്കും പറയും മണ്ണിൽ എനിക്ക് പറയാൻ പറ്റും പല പാത്രങ്ങളുണ്ടല്ലോ ചട്ടിയുണ്ട് തലമുണ്ട് കുടമുണ്ട് പലതും ഉണ്ട് അങ്ങനൊരു വ്യത്യാസമുണ്ടല്ലോ എന്താ വ്യത്യാസത്തിന് കാരണമായിരിക്കുന്നത് ആകൃതം അത്രേയുള്ളൂ ചട്ടിയുടെയും കലത്തിന്റെയും ആകൃതി ഒന്നല്ലേറെ ആകൃതി ആകൃതി കൊണ്ട് വ്യത്യാസമുണ്ടല്ല ആകൃതി കൊണ്ട് വ്യത്യാസപ്പെടും എന്ന് പരിശോധിച്ച് നോക്കുക എന്താണ് ഈ ആകൃതി മണ്ണിൽ കാണുന്ന ആകൃതി ആകൃതി കൊണ്ട് അവിടെ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസപ്പെടുന്ന ആകൃതിയെ മാറ്റി കാണിച്ചു തരിക ഇതാ ഇത് നോക്കൂ ഇത് മണ്ണ് ഇത് മണ്ണിന്റെ ആകൃതി ഇത് കലം ഇത് കലത്തിന്റെ ആകൃതി ഇത് ചട്ടിയാണിത് അതിന്റെ ആകൃതി അങ്ങനെ ആകൃതിയെ പാത്രത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റും വേർതിരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അത് മണ്ണ് തന്നെയാണ് അത് ജഗതാത്മാ എന്ന് പറയുന്നത് ആകൃതി മണ്ണ് തന്നെയാണ് അല്ല വേറൊന്നുമില്ല മണ്ണിൽ നിന്ന് ആകൃതി വേർതിരിക്കാൻ പറ്റില്ല കലം എന്നൊക്കെ പറയുന്ന നാമം ഈ നാമം ആ മണ്ണിലുള്ളതല്ല ഈ നാമം അതിനെ കാണുന്നവന്റെ അതിനെ കുറിച്ച് പറയുന്നവന്റെ വാഗ് ഇന്ദ്രിയത്തിൽ നിന്ന് പുറപ്പെട്ടാണ് അങ്ങനതുമായിട്ടൊരു ബന്ധമില്ല അത് ദൂരെയാണ് പാത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വിശേഷിച്ച് പറയാനുള്ള ഒരേ ഒരു കാരണം അതിന്റെ ആകൃതി മാത്രമാണ് ആ ആകൃതിയെ വേർതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് മൃത്ത് തന്നെ അതാണ് എന്തുകൊണ്ടതിനൃത്തെന്ന് പറയുന്നു ആകൃതി വെറുതെ എന്ന് പറയുകയല്ല ഇത് രാമൻ ഇത് കൃഷ്ണൻ രണ്ടുപേരും വേർതിരിച്ച് രണ്ട് ബെഞ്ചിലിരുത്താം അതുകൊണ്ട് ധൈര്യമായിട്ടും പറയാം രാമൻ അല്ല കൃഷ്ണൻ രാമൻ എങ്ങനെ അങ്ങനെ വേർതിരിക്കാൻ കഴിയുമ്പോൾ അവിടെ നമുക്ക് രണ്ടെന്ന് പറയാൻ പറ്റൂ രാമൻ കൃഷ്ണൻ ഒന്നാണ് അല്ലല്ലോ അവരുടെ രൂപം വേറെ നാമം പേരെ എല്ലാം വേറെ പേര് കർമ്മം പേരെ എല്ലാം പേര് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കലമൊന്നും ചട്ടിയൊന്നും എല്ലാം ഉള്ള ബോധത്തെ ഉണ്ടാക്കുന്നതിനു കാരണമായ ആ ആകൃതിയെ അതിൽ നിന്ന് വേർതിരിക്കാൻ മതി പാത്രത്തിൽ നിന്ന് എന്തുകൊണ്ടത് മൃത്യു തന്നെയാണ് മൃത്തു നിന്ന് വേറിട്ടവിടെ ഒന്നുമില്ല അതാണ് ജഗതാത്മാര്യ പിന്നെ എവിടെയാ ഈ പ്രശ്നം വന്നിരിക്കുന്നത് പുറമേ ആ പാത്രത്തിലല്ല തന്റെ മനസ്സിലാ പ്രശ്നമുള്ള അവിടെ പാത്രത്തില് ഒരു പ്രശ്നം വന്നിട്ടില്ല എന്താണ് അത് പാത്രമാകുന്നതിന് മുമ്പ് മണ്ണ് തന്നെ പാത്രമായതിനു ശേഷവും മണ്ണ് തന്നെ എന്നാലേ നമുക്ക് ജഗതാത്മാ എന്ന് പറയാൻ പറ്റും സത്ത് ജഗതാത്മാവാണ് ജഗത്തിന്റെ ആത്മാവാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് നമുക്കിവിടെ പറയാം പാത്രത്തിന്റെ ആത്മാവാണ് മണ്ണ് അവിടെ മറ്റെന്തൊക്കെ കണ്ടാലും ശരി ഏത് രൂപം കണ്ടാലും ശരി ഏത് നാമം ഉപയോഗിച്ചാലും എന്താകൃതി കണ്ടാലും ശരി ഈ പാത്രങ്ങളുടെ എല്ലാം ആത്മാവാണ് മണ്ണ് ഇനി ചിന്തിച്ചു മണ്ണിൽ നിന്നും വേറിട്ടൊരു പാത്രം ഉണ്ടോ ഇല്ല പക്ഷെ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്താണ് ഈ പാത്രങ്ങളെല്ലാം വേറെ വേറെയാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇതിന്റെ ഉപയോഗം വേറെയാണ് ഇത് ചെട്ട് ഇത് കലം ഇതിന്റെ ഉപയോഗം വേറെയാണ് ഒരേ മൃത്തിനെ തന്നെ നമ്മൾ അതിന്റെ ആകൃതിക്കനുസരിച്ച് ഭേദത്തെ കല്പിക്കുന്നു ആകൃതി കൊണ്ടാണ് ആ ഭേദത്തെ കല്പിക്കുന്നത് പക്ഷെ ആകൃതിയും ഭേദത്തെ കൽപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആകൃതിയും അമൃത്ത് തന്നെ ജഗതാത്മാ എന്ന് പറയുന്നതിന്റെ താല്പര്യം അവിടെ മനസ്സിലാവും എല്ലാ പാത്രങ്ങളും അമൃത്ത് തന്നെ ഇത് നമ്മുടെ ദൃഷ്ടാന്തത്തിൽ സ്പഷ്ടമാണെങ്കിൽ ഇവിടെ പറയുന്ന സത് സംബന്ധിച്ചത് സ്പഷ്ടമാണ് എന്താണ് ഏകമേവാദിം ബ്രഹ്മ സത് ആസി സദേവ ഇവിടെ നമുക്ക് ദൃഷ്ടാന്തത്തിൽ ഒരു കാര്യം മാത്രമേ പറ്റൂ ഒരു മണ്ണ് ആ മണ്ണിൽ നിന്നുണ്ടാക്കിയ മൺപാത്രങ്ങൾ അവിടെ മാത്രമേ നമ്മളെ ദൃഷ്ടാന്തം പ്രവർത്തിക്കത്തുള്ളൂ പറഞ്ഞുകൊണ്ട് മണ്ണിൽ നിന്ന് മൺപാത്രമേ ഉണ്ടാകുന്നുള്ളൂ മറ്റൊന്നും അതിൽ നിന്നുണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാം ഉണ്ടാകുന്ന ഈ പ്രപഞ്ചകാരണത്തിൽ ആയ സത്ത് ആ സത്തിൽ നിന്ന് നാമരൂപാത്മകമായ ഇതെല്ലാം ഉണ്ടായി പൃഥ്വിയാപ്ത തേജസ് വായു ആകാശം തുടങ്ങി സർവ്വതും അതിൽ നിന്നുണ്ടായി അങ്ങനെ ഉണ്ടായിരിക്കുന്ന സർവ്വതും അത് തന്നെയാണ് ഇതേ ദൃഷ്ടാന്തമനുസരിച്ച് സദേവ അതുകൊണ്ടാണ് പറഞ്ഞത് ഏകമയം ബ്രഹ്മ ഏകമേവാധ്യം ബ്രഹ്മ എന്ന് പറയുന്നത് ഇത് ഉണ്ടാകുന്നതിന് മുമ്പാണോ അല്ല മണ്ണ് മണ്ണായിരിക്കുന്നത് അത് പാത്രങ്ങളായി മാറുന്നതിന് മുമ്പ് മാത്രമാണോ അല്ല പാത്രങ്ങളായാലും അത് മണ്ണ് തന്നെ അതാണ് പ്രത്യേക പാത്രമാകുന്നതിന് മുമ്പും മണ്ണായിരുന്നു പാത്രമായതിനു ശേഷവും അത് മണ്ണ് തന്നെ ഭക്ഷ്യകാരം പറയും ഇതം വരുത്തി സദേവ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈത്ത് ഇത് സർവവും എന്താണ് ഈ യുക്തി അനുസരിച്ചാ സത്ത് തന്നെയാണ് സത്ത് നിന്നും എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ജഗതാത്മാ എന്ന് പറയുന്നത് മനസ്സിലാക്കത്തുള്ളൂ ജഗതാത്മാവെന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ഒന്ന് അതിന്റെ ആത്മാവെന്ന് പറയുന്ന രണ്ട് എന്നല്ല തിരിക്കുകയുണ്ട് മനുഷ്യന്താണ് സത്ത് തന്നെയാണ് ജഗതാത്മാ ജഗ്രൂപത്തിൽ ഇരിക്കുന്നത് എന്നാ മണ്ണ് തന്നെയാണ് പല പാത്രങ്ങളായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജഗതാത്മാ എന്നുള്ളതാണ് മുഖ്യമായ സിദ്ധാന്തമെങ്കിൽ സത്ത് ജഗതാത്മാ അങ്ങനെ ഇവിടെ പറഞ്ഞു സത് അഗദാത്മനഹ എന്നാണ് പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സത്ത് തന്നെയാണ് ജഗത് സ്വരൂപമായിരിക്കുന്നതെങ്കിൽ ഇവിടെ മിഥ്യയായി പറയാനെന്താ ഉള്ളത് മിഥ്യൊന്നും മാറ്റിവെക്കാനൊന്നുമില്ല കാരണം സതഹ ജഗതാത്മനെ എന്നാണ് പറഞ്ഞത് സത്ത് തന്നെ ജഗത് സ്വരൂപത്തിരിക്കുന്നു ശരി മണ്ണല്ലാതെ മിഥ്യയായ ഒരു പാത്രത്തെ ഈ ലോകത്ത് ആരെങ്കിലും ഒരാൾ പറയുന്നത് ഞാൻ മിഥ്യയായ പാത്രത്തെ കണ്ടു എന്ന് പറയും നിങ്ങൾ എന്തിനാ കാണുന്നു ആ മിഥ്യയായ പാത്രം എന്താണ് ഒരാൾ വേണമെങ്കിൽ വാദത്തിനടുക്കുരാ ഞാൻ കാണുന്ന മിഥ്യയായ പാത്രത്തെയാണ് സത്യമുണ്ട് പക്ഷെ ആ മിഥ്യയായ പാത്രം എന്ന് പറയുന്നത് എന്താണ് കേവലം മണ്ണ് തന്നെയാണ് മണ്ണിനെ തന്നെയാണ് മിഥ്യയായ പാത്രം എന്ന് പറയുന്നത് പക്ഷെ ഒരു വ്യത്യാസം അതിനെ മണ്ണായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ മിഥ്യയായ പാത്രം എന്ന് പറയുന്നതിന് ആ ശബ്ദത്തിന് അർത്ഥമില്ലാതെ അപ്പൊ ഈ സത് ജഗതാത്മ ജഗത് സ്വരൂപം എന്ന് പറയുമ്പോൾ അത് സ്വത്തായിട്ട് അതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മിഥ്യയായ ജഗത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥമില്ലാതെ അല്ലെങ്കിൽ പറയണം എന്താണോ അതാ ഞാൻ മിഥ്യയായ ഒരു പാത്രത്തെ കാണുന്നു എന്ന് പറയുന്നു അങ്ങനെ പറയുമ്പോൾ മണ്ണിൽ നിന്ന് വേറിട്ട് അവിടെ എന്തെങ്കിലും വേണം സാധ്യമല്ല അതിന്റെ ആകൃതി പോലും മണ്ണിൽ നിന്ന് വേറിട്ടല്ല മിഥ്യയായൊരു പാത്രമില്ല മണ്ണേ ഉള്ളൂ അതുകൊണ്ട് സത് ജഗതാത്മനഹ സത്ത് അതാണ് ജഗത്തിന്റെ സ്വരൂപം എന്ന് വെച്ചാൽ ജഗത്ത് സത്താണ് അവിടെയും സംശയം സത്ത് ജഗത്തിന്റെ സ്വരൂപം പറയുന്നത് അല്ല സത്താണ് ജഗത്ത് എന്ന് പറയുന്നുണ്ടോ താല്പര്യം എന്താണ് ഉഷ്ണമാണ് അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാലും പ്രകാശമാണ് അഗ്നിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാലും പ്രകാശം തന്നെ അഗ്നി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെ രണ്ടർത്ഥം കിട്ടും ഒരാൾ പറയുന്നു പ്രകാശമാണ് അഗ്നി വേറെ ആള് പറയുന്നു അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അല്ലല്ലോ ഒരാൾ പറയുന്നു പാത്രം മണ്ണ് തന്നെ വേറെ പറയുന്നു ആ പാത്രത്തിന്റെ സ്വരൂപമാണ് മണ്ണ് എന്താ ഇവിടെ രണ്ടായിരുന്നു അങ്ങനെ കണ്ടാകത്തില്ല അതാണ് അദ്വൈതമെന്ന് പറയുന്നത് ഈ അദ്വൈതമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണിവിടെ ഭാഷകാരൻ ഒരു നിസാരമായ ഒരു വാക്കിലൂടെ പറഞ്ഞ കാര്യം ഗ്രഹിക്കാൻ ജഗതാത്മാ ഗ്രഹിക്കാൻ നമുക്ക് ചിന്തിക്കേണ്ടി വരും ഒരുപാട് ചർച്ച വരും ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അവലംബിക്കേണ്ടി വരും എന്നാലത് മനസ്സിലാക്കും അത് കേവലം തർക്കത്തിലൂടെ സമർത്ഥിക്കല്ലോ അതിനെ തത്വനിഷ്ഠമായി മനസ്സിലാക്കാം യുക്തിയിലൂടെ അത് ബോധിക്കലില്ല അതൊരു തിരിച്ചറിവാണ് അത് യുക്തിയുടെ ആവശ്യം തന്നെ ഇത് പാത്രം മണ്ണാണെന്നറിയുന്നതിന് എന്താ വ്യക്തിയുടെ ആവശ്യം തോന്നുന്നു അതിനങ്ങനെ തന്നെ തിരിച്ചറിയുന്നു ഉള്ളൂ അതുപോലെ സത്താണ് ജഗത്ത് എന്നറിയുന്നതിന് വിശേഷ യുക്തിയുടെ ഒന്നും ആവശ്യമില്ല അതങ്ങനെയാണ് അതങ്ങനെ അല്ലാതിരിക്കാൻ പറ്റത്തില്ല പാത്രത്തിൽ മണ്ണാകാതിരിക്കാൻ പറ്റത്തില്ല മണ്ണായിരിക്കാനേ പറ്റൂ ജഗത്തിന് സത്തായിരിക്കാനേ പറ്റൂ എന്ന് മനസ്സിലാകുമ്പോൾ ഇവിടെ സത്തൽ നിന്ന് അന്യമായി ഒന്നുമില്ല തത് അനന്യത്വ സത്ത് തന്നെയാണ് അതാണ് ഭാഷകാലം പറഞ്ഞിരിക്കുന്നത് സത് ജഗദാത്മന അവിടെ നിന്നാണ് ജഗതാത്മസ്വരൂപ എന്ന് പറഞ്ഞിരുന്നത് ജഗതാത്മസ്വരൂപം അല്ലെങ്കിൽ ജഗത് സത് സ്വരൂപം എന്ത് ശബ്ദം വേണോ പ്രയോഗിക്കാം ഈ സത്തെന്ന് പറയുന്നത് ജഗത്തിന്റെ ആത്മാവാണെന്നാണ് പറയുന്നത് ജഗത്തിന്റെ സ്വരൂപമാണ് എന്നുവെച്ചാൽ ഇത് ജഗത് ആ സത്ത് തന്നെയാണ് പിന്നെ ഇവിടെ എവിടെയാ മിഥ്യ എന്ന് പറയാൻ ഉള്ളത് മിഥ്യാശബ്ദത്തിന് എന്താ അർത്ഥമുള്ളത് അതുകൂടി ചിന്തിക്കും ആവിടുത്തി ആവർത്തി പറയുന്നില്ല മറച്ചു നാമരൂപാത്മകം അത് മിഥ്യയാണ് എന്നെല്ലാം പറയുന്നുണ്ട് ആ മിഥ്യാത്വം എന്താണ് കേവലം മനസ്സിലാണ് തത്വത്തിലല്ല മിഥ്യാത്വം എന്നൊരു ഇത് മനസ്സിൽ മനസ്സിലാകുന്നുണ്ട് മിഥ്യാത്വം തത്വത്തിലല്ല എങ്ങനെ ഒരു പാത്രത്തെ കാണുമ്പോ ഒരു ശിശുവിനൊരു ബാലന് അതിനൊരു പാത്രമായി ഗ്രഹിക്കാൻ കഴിയും പക്ഷെ അതിൽ അത് മണ്ണിൽ നിന്ന് വേറെയല്ല അത് മണ്ണ് തന്നെയാണ് ഇത്തരത്തിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്നവരും വിവേകമുള്ള ഒരാൾക്ക് അതിൽ പ്രയാസമില്ല ഒരു ബാലന് ഒരു അവിവേകി മണ്ണിൽ നിന്നും വേറിട്ട എന്തോ ഒരു സാധനമാണ് അല്ലേ ഉദാഹരണം എന്തുകൊണ്ട് മണ്ണിൽ നിന്നും ഒരു ആനയുണ്ടായിക്കഴിഞ്ഞാൽ ശിശു അതിനെടുത്ത് അവന്റെ ദൃഷിയെ സംബന്ധിച്ചിടത്തോളം മണ്ണല്ല ആന തന്നെയാണ് മണ്ണ് കൊണ്ടൊരു പാവയുണ്ടായിക്കഴിഞ്ഞാൽ ശിശുവിനെ സംബന്ധിച്ചത് പാവയാണ് അതുകൊണ്ട് അവൻ ആ പാവയോട് സംസാരിക്കും അതിന് ആഹാരം കൊടുക്കും എല്ലാം ചെയ്യും അതൊക്കെ മണ്ണിലാണോ ഇല്ല ശിശുവിന്റെ മനസ്സിലാണ് ശിശുവിന്റെ മനസ്സിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് വസ്തുവിൽ അല്ല തത്വത്തിലൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഈ മിഥ്യാത്വം എന്ന് പറയുന്നത് മനസ്സിലുള്ള ഇത്തരം കൽപ്പനകളെ ഭാവനകളെയാണ് മിഥ്യാത്വം എന്ന് പറയുന്നത് വസ്തുവിലില്ല വസ്തുവെന്താണ് സത്താണ് ആ സത്താണ് ഈ ജഗത് രൂപത്തിൽ അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് പറയുന്നു ഇവിടെ സദ ജഗതാത്മ സ്വരൂപ ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ ദൃഷ്ടാന്തമാണ് നേരത്തെ സുഷുപ്തി സത്തിൽ നിന്ന് അവനെ ബന്ധിച്ചു എന്നാണ് അപ്പൊ ആ സത്തെന്ന് പറയുന്നത് ബന്ധനമില്ലാത്ത സത്ത് അത് സുഷുപ്തി അവിടെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ ബന്ധനമില്ലാ ബന്ധനം ഇവിടെ വരുന്ന ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ബന്ധനമുണ്ടാവും അപ്പോൾ എന്തായാലും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജഗതാത്മസ്വരൂപ ജാഗ്രതാത്മാണു സുഷൃത്തി എന്ന് പറയുന്നത് ജാഗ്രത ആത്മാവാണ് സുഷൃപ്തി മാണ്ഡവികത്തിൽ നമ്മളത് വിശദമായി ചർച്ച ചെയ്താണ് ആത്മാവിനെയാണ് നമ്മൾ തുര്യം എന്ന് പറയുന്നത് ആ തുര്യത്തിലാണ് ഇതെല്ലാം ഇങ്ങനെ മറന്ന് മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പറഞ്ഞു തുര്യത്തിന്റെ സ്പന്ദനമാണ് എന്നാ അവിടെ പറഞ്ഞു ഇവിടെയും എന്ത് ചെയ്തു ആ സ്വരൂപത്തിൽ നിന്നും ഈ ബന്ധനത്തിലേക്ക് വന്നു സുഷൃത്തിയിൽ നിന്ന് ഈ ജാഗ്രത്തിലേക്ക് വന്നു ഇവിടെ തസ്ക്കരനും വനവും ഭയവും കഷ്ടപ്പാടുകളും അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള ആചാര്യനും ഉപദേശവും പാണ്ഡിത്യവും എല്ലാം ഇവിടെ വരുന്നു ഈ ജാഗ്രത ഇവിടുന്നു അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് സതജ ജഗതാത്മസ്വരൂപ തേജോപന്നാതിമയം ദേഹാരണ്യം ഇവിടെ ഈ ദേഹത്തെ തന്നെ ആരണ്യമായി പറയുന്നു കാരണം ഈ ദേഹത്തില ജീവൻ സ്ഥിതി ചെയ്തുകൊണ്ടാണ് ഈ രണ്ടാവസ്ഥയിലേക്കും പോകുന്നത് ദേഹത്തെ ആരണ്യമായിട്ട് പറയുന്നത് രണ്ടാവസ്ഥയുമ്പോൾ തന്റെ നിജസ്വരൂപത്തിലേക്ക് സുഹൃത്തിയിലേക്കും ഈ ജാഗ്രത്തിലേക്കും അതിന് ഈ ദേഹമാണല്ലോ ആശ്രയം ഭക്ഷിക്കാരൻ പറഞ്ഞു ദേഹ ബന്ധം വിടുമ്പോ അത് മൂർച്ചയായാലും മരണമായാലും ശരി അവിടെ പോലും ആജീവൻ സദാത്മ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അപീതോ ഭവതി എന്ന് അവൻ അപീതനായിത്തീരുന്നു സ്വം അപീതോ ഭവതി സ്വപിറ്റി നാമ അവന് സ്വപിറ്റി എന്നു പേര് വരുന്നു അവിടെ ഇതൊക്കെ വിശദീകരിച്ചാണ് പക്ഷെ മറിച്ച് ഇവിടെ വരുമ്പോൾ ഈ ദേഹാരണ്യത്തിലേക്ക് വരുന്നു ദേഹം എന്ന് പറയുന്നത് സത്ത് തന്നെയാണ് നമ്മുടെ അനുഭവത്തിലും അത് തന്നെ ദേഹം സത്താണ് ദേഹം അസത്വം എന്നാലും അനുഭവിക്കുന്നു അതുകൊണ്ടാണ് സർവരും അനുഭവശാലികളാണെന്ന് പറയുന്നത് സദനുഭവം ഉള്ളു അസദനുഭവുമില്ല സർവത്വം സദനുഭവത്തിലാണ് എന്നാലും ഈ മനസ്സിൽ ഈ ഭ്രമം മിഥ്യാഭ്രമം മായാഭ്രമം അത് നിലനിൽക്കുന്നു അത് അംഗീകരിച്ചേ പറ്റും കാരണം പ്രശ്നത്തിന് സമാധാനമില്ലല്ലോ അതുകൊണ്ട് ഈ ദേഹാരണ്യം അതിനു വിശേഷിക്കുന്നു വാദി കഭ രുതിരക്തമേത മേധസ് കൊഴുപ്പ് മാംസ അസ്ഥി മജ്ജ ശുക്ര കൃമി മൂത്ര പുരീഷ വത് ഇതെല്ലാം ഉള്ള ഈ ശരീരം അവിടെ കാട്ടിലെ നേരത്തെ പറഞ്ഞു തസ്കരൻ വ്യാഘ്രം തുടങ്ങിയവ അവിടെ ഇവിടെ ഇതു ഇതിലേക്ക് പ്രവേശിക്കുന്നു ഇപ്പോ ഇതിനെങ്ങനെയാ പ്രവേശിക്കുന്നത് ദേഹാരണ്യത്തിൽ ആരാ പ്രവേശിക്കുന്നത് സുഷുപ്തിയിലെ ആ സ്വച്ഛമായ ഭാവത്തെ വിട്ട് ഇതിനോട് താതാത്മ്യപ്പെടുക അതിനാണ് അധ്യാസം എന്ന് പറയുന്നത് ഇവിടെ ആ ശബ്ദങ്ങളൊന്നും ഉപയോഗിച്ചില്ല താല്പര്യം അതല്ല ഇപ്പൊ ജാഗ്രതത്തിലേക്ക് വരിക ഇതിനോടൊരു താതാത്മ്യം സംഭവിക്കുക അപ്പം അവൻ വനത്തിലായി ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ശീതോഷ്ണ അതി ഇവിടെ വന്നു കഴിഞ്ഞാലോ ഇതിനോടനുബന്ധിച്ച് ശരീര സംബന്ധിയായ ീദോഷണാദികളെല്ലാം അനുഭവിക്കുന്നു ഇതെല്ലാം ഉണ്ടെന്നറിയുന്നു ഇതാണ് ഭ്രമം മനസ്സിങ്ങനെ അറിയുന്നു ഇതൊക്കെ ഉണ്ടെന്നറിയുന്നു അനേകുഖുഖവച്ച അപ്പോ അനേക ദ്വന്ദ് വരുന്നു സുഖം ദുഃഖം മാനം അപമാനം ജയം പരാജയം ലാഭം എല്ലാം ഇവിടെ വരുന്നു മനസ്സിൽ സദാത്മാവിൽ ഇവിടെ പറഞ്ഞല്ലോ ജഗത് ആത്മസ്വരൂപം ശരീര ആത്മസ്വരൂപം അവിടെയല്ല സംഭവിക്കുന്നു അല്ല ഈ മനസ്സിന്റെ തലത്തിൽ അത് സംഭവിക്കുന്നൊണ്ടാണ് അതിന് ഭാഷകാരൻ മായ എന്ന് പറയുന്നു അതവിടെ സംഭവിക്കുന്നു ഇതം മോഹ പട അഭിനദ്ദാക്ഷോ ഈ മായാ അതുകൊണ്ട് കണ്ണു വാസ്തവത്തിൽ താൻ ജഗതാത്മസ്വരൂപനാണ് സത്സ്വരൂപനാണ് പക്ഷെ എന്നാലും മോഹപ്പടം കൊണ്ട് കണ്ണ് ബന്ധിക്കുന്നു വിവേകത്തെ മോഹം ആച്ഛാദനം ചെയ്യുന്നു ഉള്ളിൽ അത് പ്രകാശിക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് ഒരു വിവേകത്തെ ഉണ്ടാക്കിയിടിക്കേണ്ട കാര്യമില്ല താൻ സ്വയം വിവേകമാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അവിടെ ഈ തസ്കരന്മാർ അവിടെ ഒരു മോഹപ്പടം മോഹം ആകുന്ന വസ്ത്രം കൊണ്ട് അതിനും മറച്ചിരിക്കുന്നു സൂര്യനെ കാർമേഘം മറിച്ചതുപോലെ മറിച്ചിരിക്കുന്നു അവിടെ തന്നെ സംഭവിച്ചതാണ് അങ്ങനെ മറിച്ചതുകൊണ്ടെന്ന് വരുന്നു ഭാര്യ പുത്ര പശു ബന്ധു ആദി ദുഷ്ട അനേക വിഷയ ദുഷ്ടമായ അനേക വിഷയങ്ങൾ അതുപോലെ അദിഷ്ടമായ വിഷയങ്ങൾ ദുഷ്ടമായ വിഷയങ്ങൾ എന്തൊക്കെയാണ് ഭാര്യ പുത്രൻ പശു ബന്ധു ഇങ്ങനെ ഭാര്യപുത്രൻ തുടങ്ങി പശു തുടങ്ങി ഈ ഭാര്യപുത്രൻ എന്ന് പറയുന്ന എല്ലാതും ഒരിടത്തും ശാസ്ത്രത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഭർത്താവ് എന്ന് പറയുന്നു സർവത്ര ഭാര്യ എന്ന് ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാരാണ് എന്നുവെച്ചാൽ പുരുഷന്മാരാണ് സ്ത്രീകളിത് കേൾക്കാറില്ല അതുകൊണ്ടാണ് ഭാര്യപുത്രൻ എന്ന് പറയുന്നത് സ്ത്രീയൊക്കെ തോന്നിയത് ഞങ്ങളെന്താ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് എന്താ പറയാ അങ്ങനെ പറയത്തില്ല ഭാര്യ പുത്രൻ എന്നേ പറഞ്ഞു പുരുഷന്മാർക്കാണെന്ന് അങ്ങനെയൊക്കെ കൂടുതൽ അവസരം ഉണ്ടാകുന്നു ശങ്കരാൻപിലും പുരുഷന്മാരേ ഉള്ളു സ്ത്രീകളില്ല സ്ത്രീകൾക്ക് അടുക്കളപ്പണി മാത്രമേ വിരിച്ചിട്ടുള്ളൂടെ ഭാര്യ പുത്ര പശു ബന്ധു ആദ്യ അനേക വിഷയതൃഷ്ണാശിത ഇങ്ങനെ ദുഷ്ടമായ അനേക വിഷയതൃഷ്ണയാൽ ബന്ധിതരായി അവിടെ കഴിയും കാലം കൂട്ടിക്കെട്ടി ഇവിടെ ഈ വിഷയദൃഷ്ണങ്ങൾ കൊണ്ട് ബന്ധിതനായി മനസ്സ് ഇതിലൊക്കെ ആകെ കലങ്ങി സ്വസ്ഥതയില്ലാതെ വിവേകമില്ലല്ലോ മോഹപടം കൊണ്ട് ബന്ധിച്ച് ബന്ധിച്ചിരിക്കുമ്പോൾ ഇത്തരം തൃഷ്ണങ്ങൾ ലൗകിക തൃശ്ണങ്ങൾ അതിനിങ്ങനെ പറഞ്ഞേ ഉണ്ട് പുണ്യാപുണ്ാതി തസ്കരേ ഹി പ്രവേശിത അത് അധിഷ്ഠമായ ഇതിനെ കുറിച്ച് പറയാൻ പുണ്യാപുണ്യം തസ്കരന്മാർ അവിടെ പ്രവേശിച്ചു പുണ്യാപുണ്യത്തിന് തസ്കരൻ അതാണല്ലോ ഇവരെ ഗാന്ധാര ദേശത്ത് നിന്ന് കാട്ടിലെത്തിച്ചെന്താണ് കള്ളന്മാര് ഇവിടെ ഈ ജീവനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ മനുഷ്യനാക്കുന്നു മൃഗമാക്കുന്നു പശിയും പശുവാക്കുന്നു ഓരോ ദേശങ്ങളെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഓരോ ശരീരം ഈ ഓരോ ശരീരത്തിൽ ഇതിനെ കൊണ്ടാക്കുന്നവരാണ് പുണ്യാപുണ്യം ദേവശരീരം തുടങ്ങി ക്രമികീഠ ശരീരം ഓരോ ദേശത്ത് കൊണ്ടെത്തിക്കുന്നു സദാത്മ സ്വരൂപത്തിൽ നിന്ന് ദാന്താര ദേശത്തു നിന്ന് പിടിച്ചുകെട്ടിക്കൊണ്ടുപോകുന്നത് ഈ പുണ്യാപുണ്യന്മാരങ്ങളാകുന്ന തസ്കരന്മാരാണ് പ്രവേശിതർ അവരിവിടെ കടന്നു കയറി ഇതെല്ലാം ചെയ്യുന്നു എന്നിട്ടെന്ത് ചെയ്യുന്നു അഹം അമിഷ്യപുത്രോ ഞാൻ ഇന്നാരുടെ പുത്രനാണ് അവിടെയും പുത്രി എന്ന് പറയത്തില്ല ഒരൊറ്റ സ്ഥലത്തും ഭാഷത്തിൽ കാണാൻ കഴിയില്ല പുത്രി പറയുന്നു ആരും നിരാശപ്പെട്ടത് അഹം അമുഷ്യപുത്രോ ഞാനിതാ ഇന്നാരുടെ പുത്രനാണ് മമ്മ ഏതേ ബാന്ധവാഹ ഇവരില്ല എന്റെ ബന്ധുക്കളാണ് സുഖ്യഹം ഞാൻ സുഖിയാണ് ദുഃഖി മറിച്ചും പറയും ഞാൻ ദുഃഖിയാണ് മൂഢഹ ഞാൻ മൂഢനാണ് പണ്ഡിത ഞാൻ പണ്ഡിതനാണ് അറിവുള്ളവനാണ് ശാസ്ത്രജ്ഞനുള്ളവനാണ് ധാർമ്മിക ഞാൻ ധാർമ്മികനാണ് ഞാൻ അധാർമികനാണ് ബന്ധുമാൻ ജാത ഞാൻ എല്ലാ ബന്ധുമിത്രാദികളോടും കൂടി സമ്പന്നനാണ് ബന്ധുമാൻ ഞാൻ മരിച്ചു എന്ന് പറയുന്നു മരണം സംഭവിച്ചു മരിച്ചതിനു ശേഷം പറയൂ പിത്തനാശം കൊണ്ടും മറ്റും വരുന്ന മരണം ബന്ധനാശം കൊണ്ടുവരുന്ന മരണം രോഗം കൊണ്ട് ശരീരനാശം കൊണ്ടുവരുന്ന മരണം അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളുടെ മരണം ഇതിനെയെല്ലാം ജീർണ വൃദ്ധനായി യൗവനം നഷ്ടപ്പെട്ടു പാപി പാപിയായി ദുഃഖം അനുഭവിക്കുന്നു പുത്രോ മേ മൃതഹ എന്റെ പുത്രൻ മരിച്ചിരിക്കുന്നു ധനം മേ നഷ്ടം എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു ഹ ഹോസ്മി ഞാൻ നശിച്ചു കഴിഞ്ഞു ഇനി ആത്മഹത്യ ചെയ്താൽ മതി കഥം ജീവിഷ്യാമീ ഇനി ഞാനങ്ങനെ ജീവിക്കും കാമേഗതി എവിടെ ഞാൻ പോകും എനിക്കെന്താണൊരാശ്രയമുള്ളത് കിമ്മേ ത്രാണം എനിക്ക് എന്താണൊരു രക്ഷ ോഹപടം കൊണ്ട് വിവേകം നഷ്ടപ്പെടുന്ന ഒരു ജീവൻ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നിങ്ങനെ അനേകശതസഹസ്ര അനർത്ഥജാലങ്ങളോടും അനർത്ഥങ്ങളാകുന്ന കുരുക്കുകൾ അതിൽപ്പെട്ടിരിക്കുന്നവൻ അത് നൂറെന്നോ ആയിരമെന്നോ പറയാൻ വയ്യ കോടിയെന്നോ പറയാൻ വയ്യ പ്രതിക്ഷണം പ്രതിദിനം ഓരോ ജീവന്മാരും വിശേഷിച്ച് മനുഷ്യര് ഇത്തരം അനർത്ഥചിന്തയിലാണ് ജീവിതം കടത്തി വിടുന്നത് അതിൽ പെട്ടിരിക്കുകയാണ് അതിൽ ഗുരുക്കുപോലെ തന്നെ ബന്ധിച്ചിരിക്കുകയാണ് വിക്രോസൻ കാട്ടില് അവൻ നിലവിളിച്ചതുപോലെയല്ല ഈ ശരീരത്തിൽ ഓരോ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഓരോ ജീവന്മാരും നിലവിളിക്കുന്നു കഥഞ്ചി ദേവ അങ്ങനെ നിലവിളിക്കുമ്പോൾ എങ്ങനെയോ പറയാൻ എന്താ സംഭവിച്ചതെന്ന് പറയാൻ ആയതുകൊണ്ട് കഥഞ്ചി ദേവ വളരെ പണിപ്പെട്ട് എന്ന് വെച്ചാൽ അനേക ജന്മങ്ങളിൽ ഇത് അനുഭവിച്ചതിന് ശേഷം അങ്ങനെ അനേക ജന്മങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ഈ ജന്മത്തിൽ തന്നെ നിരന്തരം ഈ ദുഃഖം അനുഭവിച്ചിട്ട് പുണ്യാദിശയാ എന്തോ പുണ്യം കൊണ്ട് എന്തോ നന്മ ഒരുവന്റെ ഉള്ളിൽ ഇരുന്നതുകൊണ്ട് പരമകാർണികം ബ്രഹ്മാത്മവിധം പരമകാർണികനായ കാട്ടിൽ കണ്ടവനെ പോലെ കഞ്ചിത്തൊരു സത് ബ്രഹ്മാത്മവിധം സത് ബ്രഹ്മാത്മവി സത് ബ്രഹ്മാത്മവിദ്ധം എന്ന് പ്രത്യേകം പറയുന്നത് നമ്മുടെ സത്താണ് ബ്രഹ്മന്ന് പറയുന്നത് ബ്രഹ്മൊരു വേറെ ഒന്നും പോയി പോകരുത് എത്തിച്ചേരും സത് ബ്രഹ്മാത്മ ഇത് കൊടുത്തെ ചർച്ച മുഴുവൻ സത്തിനെ ആശ്രയമാക്കിയിട്ടാണ് സത്താകുന്ന ആ ബ്രഹ്മാത്മം ബ്രഹ്മസ്വരൂപത്തെ അറിയുന്നു സ്വസ്വരൂപത്തെ അറിയുന്നവൻ താൻ സത്താണെന്നറിയുന്നവൻ അറിയുന്നവൻ ഇതം ബ്രഹ്മാത്മവിധം വിമുക്തബന്ധനം അവൻ ഇതിൽ നിന്നെല്ലാം മോചിച്ചിരിക്കുന്നു ബ്രഹ്മിഷ്ഠം അവനെ പറയുന്നു ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നു യഥാ ആസാദേിക്കുമ്പോൾ കാട്ടിൽ അവൻ ഒരു പ്രാപിച്ചതുപോലെ ആ ബ്രഹ്മവിത്ത് കൊണ്ട് താനിതുപോലെ ഒരിക്കലും കഷ്ടപ്പെട്ടതാണ് ആ കഷ്ടപ്പാടിനെ തിരിച്ചറിഞ്ഞിട്ട് ഇവനേ ഇതുപോലെ കഷ്ടപ്പെടുന്നു അതുകൊണ്ട് താനെന്താനേയും കഷ്ടപ്പാടിൽ നിന്ന് മുക്തനായി അതുകൊണ്ട് ഇവനെയും അതിൽ നിന്ന് മുക്തമാക്കണം ദർശിത സംസാര വിഷയദോഷ ദർശന മാർഗവും ഇവിടെ ആ മാർഗത്തെ കാണിച്ചു കൊടുക്കുന്നു എന്താണ് നീ ഇതിലിങ്ങനെ ഭ്രമിക്കരുത് ഇവിടെ പറഞ്ഞുള്ള ആ ഭ്രമം ഏതൊക്കെയാണെന്ന് ഭാര്യയോ പുത്ര പശു ബന്ധുവരി ഇങ്ങനെയുള്ള കാര്യങ്ങളും മനസ്സംഗം മുഴുകിയിരിക്കുകയാണ് അപ്പോ സംസാര വിഷയദോഷ ദർശന മാർഗം വിഷയദോഷ ദർശനമാണ് ഇവിടുത്തെ മാർഗം ഇതെല്ലാം അസാരമാണ് ഇതിങ്ങനെ ഭ്രമിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം മനസ്സിൽ നിന്ന് വിടണം ഇത് ഉള്ള ദോഷദർശനം എന്താണ് ഇത് സംസാരത്തിനെ ഉപകരിക്കത്തുള്ളൂ അതാണ് അതിന്റെ ദോഷദർശനം ഇത് ഈ ദുഃഖത്തെ ഇങ്ങനെ അനുവർത്തിക്കത്തേ ഉള്ളൂ ഈ ക്ലേശങ്ങൾ ഇങ്ങനെ അനുവർത്തിച്ചുകൊണ്ടേയിരിക്കുമോ അപ്പോൾ അതിങ്ങനെ ഗുണമുള്ളതാകും അതാണ് അതിന്റെ ദോഷദർശനം ഇത് അനന്തമായി അവസാനിക്കാതെ പോകും ഇത് അവസാനിക്കും എന്നുള്ളതല്ല ദോഷ ദർശനം ഇത് അവസാനിക്കാതെ പോകും സംസാരത്തിന് ഉപരതിയില്ല ഉപരമില്ല അനന്തകാലം ഈ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും അതാണ് അതിൻ്റെ ദോഷം നമ്മൾ സാറിന് പറയുന്ന ദോഷ ദർശനം ഇതിലെന്തെങ്കിലും കുറ്റത്തെ ഈ ദോഷത്തെ ഇത് എന്റെ നൈരന്തര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇത് അവസാനിക്കാതെ പോകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് വിരക്തഹ ഈ ചിന്തകളിൽ നിന്ന് വിരക്തനാകുന്നുള്ള മനസ്സിലാണിത് അല്ല ഇതിൽ നിന്ന് വിരക്തനാകുന്നു ഇതിന് മായ ഇതിന് മോഹം എന്നെല്ലാം പറയുന്നു ഇതിങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനോടുള്ള താല്പര്യം വിടുന്നു ഇത് വേണ്ട സംസാര വിഷയഭ്യൂ അപ്പൊ ഇതിനോടുള്ള താല്പര്യങ്ങളും ഭാര്യ ആ പുത്ര പശു ബന്ധാതി അതികളുള്ള താല്പര്യങ്ങൾ ഇല്ലാതാവുന്നു ആ വിഷയങ്ങളിലയാൾ അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് സന്യസിക്കണം സന്യസിക്കണമെന്ന് പറയുന്ന വെറുതെ പറയുന്നതല്ല സന്യാസം കൊണ്ട് മാത്രമേ മോക്ഷം സാധ്യമാകൂന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഈ ഭാര്യാപുത്ര പശുക്കളും മനസ്സിയിരിക്കുമ്പോൾ ഇതൊന്നും സാധ്യമല്ല അതെല്ലാം കൈവച്ചുകൊണ്ട് അതിനോട് നിസ്സംഗനായിരിക്കുന്ന അതിനും വരി സാഹസമാണ് അല്ലെങ്കിൽ അതൊരാത്മവഞ്ചനയായിരിക്കും അപ്പം വിടുക ഉപേക്ഷിക്കുക വേണ്ടെന്ന് വയ്ക്കുക തീയെടുത്ത് തലയിൽ വെച്ചിട്ട് അതിന് അസംഗനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൊള്ളിക്കാതിരിക്കും വസ്തു എന്റെ സ്വഭാവത്തെ കാണിക്കും അവിടെ അസംഗത കൊണ്ടൊരു കാര്യമില്ല പൊള്ളണം പിന്നെ അതിന് മരുന്ന് വയ്ക്കണം അതിന്നെല്ലാം അതിനെ തലയിൽ വെക്കാതിരിക്കും അതുകൊണ്ട് ഈ ബന്ധനത്തിന് ഹേതുവായിരിക്കുന്നതിനെ ഉപേക്ഷിക്കുക അങ്ങനൂടെ പറഞ്ഞു തരുന്നു വിരക്തനാകുന്നു അതിന് വേണ്ട എന്ന് സംസാര വിഷയഭ്യു നാസിവാൻ നീ സംസാരിയല്ല അവിടെ ബോധ്യപ്പെടുത്തുന്നു നീന്നാട്ട പുത്രനല്ല നീ എന്നാട് ഭർത്താവല്ല ഭാര്യയല്ല നീ മാതാവല്ല പിതാവല്ല എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു പുത്രത്വാദി ധർമ്മവാൻ ഇത്തരം ധർമ്മങ്ങളൊന്നും ഇല്ല എന്ന് ബോധിപ്പിക്കുന്നു നിശുദ്ധമായ ആത്മസ്വരൂപമാണ് പിന്നെന്താണ് സത് വ്യ തുമാണ് ഇവിടെ ആ സത്തിനെ കുറിച്ചാ പറയുന്നത് ജീവാത്മാവും പരമാത്മാവും ഒന്നല്ല സത്ത് അങ്ങനെ പറയുന്നത് തെറ്റല്ല പക്ഷെ ഇത് കുറച്ചുകൂടെ എളുപ്പം ആ സത്ത് തത്ത് ആ സത്ത് അതാണ് നീ മറ്റൊന്നും വേണ്ട ഇതെല്ലാമായിരിക്കുന്ന ആ സത്ത് എല്ലാത്തിനും ആധാരമായിരിക്കുന്ന സത്താണ് ഇതി അവിദ്യ മുഖപടനാക്ഷിതഹ എന്നിങ്ങനെയുള്ള ഉപദേശത്തിലൂടെ അവിദ്യമാകുന്ന ആ മുഖപടത്തെ ഇല്ലാതാക്കുക അതാണ് ഗാന്ധാര പുരുഷ വച്ച ഗാന്ധാര പിടിച്ചുകൊണ്ടുപോയി കാട്ടിൽ ഉപേക്ഷിച്ച കൃഷ്ണെ പോലെ തന്റെ ആത്മാവിനെ അവൻ പ്രാപിക്കുന്നു സദ് ആത്മാനം വേറെ ഒന്നും ധരിക്കില്ല സത് അസത് തദ് അത് അത് നീ എന്നിങ്ങനെ അറിഞ്ഞ് സത് ആത്മാനം സത്താകുന്ന ആത്മാവിനെ സത് സ്വരൂപത്തെ ി പ്രാപിച്ചിട്ട് സുഖി പരമാർത്ഥ സുഖിയാകുന്നു നേരത്തെ അവൻ സുഖിയായിരുന്നു പക്ഷെ അവിടെ ദുഃഖി രണ്ടുമായിരുന്നു സുഖ്യഹൻ ദുഃഖി എന്നാണ് പറഞ്ഞത് നിർവൃത്തനാകുന്നു മുക്തനായി ഈ കോലാഹലങ്ങളിൽ നിന്നെല്ലാം മുക്തനാകുന്നവനും മനഃശാന്തി അനുഭവിക്കുന്നു അർത്ഥം ആചാര്യവാൻ പുരുഷ വേദ അതാണ് ഇന്നടത്ത് വിശദീകരിക്കുന്നത്